പുനരന്ധപ്രത്യുവാദീന ആത്മനി ഗമ്യമാനം രജ്വാദോ സർദിവദർശിത അസത്വം ഗമ്യതേ അന്യസ്വരുപിവിശേഷര വിഭചാരാ പ്രജ്വാദവിവ സർപ്പാദിവികൽപ്പതഭേദവത് സർവത്ര അഭ്യചാരൂപസ് സത്യത്വം ഈ ഭാഗങ്ങളിൽ നിന്നും ചർച്ച ചെയ്തു ഇവിടെ പറയുന്നത് ഇനി പറയും മായ മാത്രം ഇതും സർവം എല്ലാ മായയാണ് നിരജീവിത സർപ്പം പോലെയാണ് ഇന്ദ്രജാലം പോലെയാണ് സ്വപ്നം പോലെയാണ് െല്ലാം പറയുന്നത് അത് മനസ്സിലാകും ഋജന സർപ്പം മനസ്സിലാക്കാം ഇന്ദ്രജാലം അതറിയാം സ്വപ്നം അതെല്ലാം മനസ്സിലാകും മായ എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ ആത്മനെ രമ്യമാനാനാണ് ഇവിടെ അന്ധപ്രജ്ഞ്രജ്ഞേദപ്രജ്ഞ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശ്വകൈസപ്രാജ്ഞന്മാര് ജാഗ്രസ്വപ്ന സുഹൃത്തുക്കളുള്ള ഇത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സർപ്പാദികളെ പോലെ അസത്യമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും പ്രതിഷേധ അതിനെ നിഷേധിക്കുന്നുകൊണ്ടാണ് അസത്യം എന്ന് നയം സർപ്പ എന്ന് പറയുന്നത് സർപ്പമല്ല ജ്ജു ഇത് രജ്ജു ആണ് എന്ന അനുഭവമുണ്ട് നിഷേധിച്ചിട്ട് അവിടെ സത്യത്തെ ബോധിക്കുന്നു അതുപോലെ ഇവിടെ കേവലം നിഷേധം കൊണ്ട് പ്രപഞ്ചം അസത്യമാണ് സപ്പത്തെ പോലെ എന്നെങ്ങനെ ബോധിക്കാൻ പറ്റും ഇത് അനുഭവപ്പെടുന്നതാണല്ലോ അനുഭവം അതിന് സമാനം പറയാണ് യസ്വരൂപ വിശേഷിപ്പ് ഇതിരേതര വ്യഭിചാരാധി രജ്വാതവി സർപ്പധാരാദയും വികൽപ്പുതൽ പറയുന്നു ജാഗ്ര സ്വപ്ന സുഹൃത്തുകളിൽ ഞെസ്വരൂപം അതിൽ വ്യത്യാസങ്ങളെന്ന് പറയുന്ന എന്തുകൊണ്ട് ഇതിരേതര വ്യഭിചാരാധനം അതാണ് സത്യം എന്ന് പറയുന്ന കാര്യം ഒന്നും മറ്റൊന്നും കാണുന്നില്ല ജാഗ്ര സ്വപ്ന സുഷൃപ്തി ഒരവസ്ഥയും മറ്റു രണ്ടവസ്ഥയും കാണുന്നില്ല സുഷൃപ്തിയിൽ ജാഗ്രത സ്വപ്നമില്ല സ്വപ്നത്തിൽ ജാഗ്രതയ്ക്ക് സുഷുപ്തിയില്ല ജാഗ്രത സ്വപ്നവും സുഷുപ്തി ഈ അവസ്ഥകൾ പരസ്പരം മാറിപ്പോകുന്നതുകൊണ്ടാണ് മാറാതിരിക്കുന്ന എന്താണ് സ്വരൂപം അവസ്ഥകൾക്ക് ആധാരമായിരിക്കുന്ന ആ ബോധം ഈ അവസ്ഥകളിൽ എവിടെയാണോ നിലനിൽക്കുന്നത് പരമാർത്ഥത ഈ അവസ്ഥകളിൽ ഏതെന്തിനാണോ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അതിന് മാറ്റമില്ല ഇവിടെ സത്യവും നിത്യവും പറയുന്നതിന്റെ നിർവചനം എന്താണ് മൂന്നവസ്ഥകളിലും മാറാതിരിക്കുന്നത് സവിശേഷമായിരിക്കും മാറാതിരിക്കുന്നു അത് സത്യം മാറി മാറി മിഥ്യ മിഥ്യ എന്നുള്ളതിലൂടെ പറയുന്നത് പരസ്പരം മാറുന്നത് മിഥ്യ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് ഇരിക്കുന്ന മിഥ്യാസം അന്നെ കൂടെ ഇന്ദ്രജാലം മിക്കുന്നവരുന്ന എന്തുകൊണ്ടാണ് ഇന്ദിരജാലം അത് മാറിപ്പോകുന്നുണ്ടാണ് സ്വപ്നം മിത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് മാറിപ്പോകുന്നുണ്ടാണ് സ്വപ്നം ഇന്ദിരജാലം ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് സത്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മളത് സത്യമാണെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും സാധാരണ ഗതി പൂർവമായി സംഭവിച്ചുകൂടാനുന്നില്ല സാധാരണ ഗതികൾ ഒരിക്കലും ഞാനിത് സ്വപ്നമാണ് കാണുന്നത് ഈ സ്വപ്നം നിത്യമാണ് എന്നൊന്നും തൃശ്ചാൻ കൂടിയുണ്ട് അന്ന് കാണുമ്പോൾ അയാളെ സംബന്ധിച്ച സ്വപ്നം എന്റെ ജാഗ്രത തന്നെയാണ് ജാഗ്രതയിൽ അവിടെ എല്ലാം നടക്കും നമ്മുടെ സ്വപ്നം വരാം സ്വപ്ന വരാം സ്വപ്നത്തിന് ജില്ലകൾ സ്വപ്നങ്ങൾ നേടിയെന്ന് വരാം ഇതെല്ലാം സംഭവിച്ചു അയാൾ ജാഗ്രതായി അതിനെ കാണുന്നവരെ അയാൾക്ക് സ്വപ്നം അതിന്റെ അനുഭവ വേളയിൽ നീക്കിയ സത്യം നൽകി പക്ഷേ ഉണർന്നതിനു ശേഷം വ്യാഗ്രത്തിൽ സ്വപ്നത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ജാഗ്രത്തിലാണ് അത് ഉറപ്പിക്കുന്നത് അതാ സത്യം നടന്നുകൊണ്ട് ജാഗ്രത കഴിഞ്ഞ ജാഗ്രത ഈ ജാഗ്രത തുടരുന്നു അനേക ജാഗ്രത ജനനം മകനും മരണം വരെയുള്ള അനേക ജാഗ്രതകൾ നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുന്നു നമ്മുടെ തുടർച്ച അനുഭവപ്പെടുന്നുണ്ട് ഓർമ്മിക്കാവുന്നവർക്കുണ്ടാകണം സ്വപ്നത്തിൽ അങ്ങനെ ഒരു തുടർച്ച ജാഗ്രതയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അവ്യക്തമായും മറഞ്ഞു എന്തുകൊണ്ട് സ്വപ്നത്തെ മിഥി എന്ന് പറയുന്നത് മാറിപ്പോകുന്നു ജാഗ്രത അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിന് മിഥി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാറിപ്പോകുന്നത് ഇവിടെ മാറിപ്പോകുന്നത് സശുപ്തിയിൽ അതില്ല ജാഗ്രത ചിന്തിക്കുന്നത് മനസ്സിലാകും സശുപ്തി സ്വപ്നം ജാഗ്രതല്ല സ്വപ്നത്തെക്കുറിച്ചും ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ അത് മാറിപ്പോയി സ്വപ്നത്തിൽ ഈ ജാഗ്രത ഉണ്ടായിരുന്നില്ല സുരുത്തിൽ ജാഗ്രത ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് മാറുന്നത് കൊണ്ട് മാറിപ്പോകുന്നതുകൊണ്ട് ഇത് മിഥ്യ ഇവിടെ മിഥിക്ക് കൊടുത്തിരിക്കുന്ന നിർവഹനകളാണ് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മിഥ്യ എന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചെയ്യാം കാരണം ആർക്കും പറയുന്നതാണ് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യക്ഷമായും മറ്റ് പ്രമാണങ്ങളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ മിക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണ് ഒരു സ്വപ്നം പോലെയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ് സ്വപ്നവിധമായിട്ട് വളരെ വ്യത്യാസം പ്രധാനമായ വ്യത്യാസം ഇത് എന്താണ് നമുക്ക് ആ പ്രവർത്തിച്ച സ്വപ്നത്തിന് ഇനി ഇനി കാണാൻ പോകുന്ന സ്വപ്നത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിഞ്ഞ സ്വപ്നങ്ങളെ ജാഗ്രതത്തിലിരുന്ന് ഓർക്കുന്ന സ്വപ്നങ്ങൾ നമുക്ക് ഓർക്കാൻ കഴിയും ഇന്ന് നമുക്ക് വരുന്ന ഒരു സ്വപ്നത്തിലിരുന്ന് കൊണ്ട് നമുക്കത് കഴിഞ്ഞു പോയ സ്വപ്നങ്ങൾ ഈ ജാഗ്രതയിൽ ഓർക്കുന്നത് പോലെ ജാഗ്രതത്തിൽ പോലും അത്ര പോലും ഓർക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഓർപ്പിക്കുന്നു സ്വപ്നം അസത്യമാണോ പക്ഷെ ജാഗ്രത സംബന്ധിച്ച് അങ്ങനെ ഓർക്കാൻ കഴിയുന്നുണ്ട് തുടർച്ചയായി പറയുന്ന പ്രജീവിതമാണ് നടത്തുന്നത് ജാഗ്രതയുടെ ഭാഗ്യമായ അത്ഭവങ്ങൾ ജാഗ്രത എന്ന് പറയുന്നത് തന്നെ എന്താണോ ഉപകാര തുടങ്ങി അനുതുമായും പ്രതിജ്ഞ മലയാളത്തുറവും ജാഗ്രത അതിനെ സ്വപ്നം പോലെയുള്ള ഒരു മിഥാസ്വം അതിൽ നമ്മൾ പ്രതീക്ഷിക്കണം ജാഗ്രത്തിന് അതുപോലെ അസ്ഥിരമായിട്ടും അവ്യവസ്ഥിതമായിട്ടും അനുഭവപ്പെടുന്നതാണ് ജാഗ്രത മിത്യാസം എന്ന് വിചാരിക്കുന്നത് ജാഗ്രത എന്തായാലും ജാഗ്രത ജാഗ്രതായി തന്നെ ഇരിക്കും വസ്തു സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ചൂടായും ജലം തണുപ്പായും ഇരിക്കുന്നത് ഈ ജാഗ്രത എന്ന് പറയുന്നത് എപ്പോഴും ജാഗ്രതായി തന്നെ ഇരിക്കും ഇതിനെ മാറ്റാനോ മറിക്കാനോ എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് ഇതിനൊരു സ്വപ്നമാകാനൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമാണ് സ്വപ്നം ഇന്നും സ്വപ്നമായിട്ട് തന്നെ ജാഗ്രത ഇന്നും ജാഗ്രതയായി തന്നെ അപ്പോ പലരും ധരിച്ചിരിക്കുന്ന എന്താണ് ഈ ജാഗ്രത സ്വപ്നമായി മാറുന്നതാണ് അതിൻ്റെ വ്യത്യാസം ജാഗ്രത ഒരിക്കലും സ്വപ്നമായി മാറത്തു ജാഗ്രത സ്വപ്നമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം അമ്മിഭക്ഷണമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലിരുന്ന് സ്വപ്നം കാണുന്നതാണെന്ന് വരെ തിരിക്കുന്നത് ജാഗ്രത്തിലിരുന്ന് സ്വപ്നം കാണുന്ന ആണോ എന്നെല്ലാം പറയും അതിന് ജ്ഞാനവുമായിട്ടൊരു ബന്ധമുണ്ട് ഒരാൾ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ജാഗ്രത് സ്വപ്നങ്ങൾ അതിന്റെ വസ്തുസ്ഥിതിക്ക് മാറ്റുന്നുണ്ട് ജാഗ്രത ജാഗ്രത ജാഗ്രത ജാഗ്രതായി തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാനിവിടെ വ്യവഹാരം നമ്മൾ കാണുന്നുണ്ടല്ലോ അവരും ലോകകക്ഷികളുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നു മനുഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു ഇത് സ്വപ്നമായി ഉപയോഗത്തിന് ഇരുന്ന് നടക്കത്തില്ല കാരണം അവിടെ ഈ തരത്തിലുള്ള സ്ഥിരത തുടർച്ചയായി കൊണ്ടും കാണത്തില്ല നമ്മൾ ജാഗ്രത ഏതെങ്കിലും തരത്തിൽ സ്വപ്നമാക്കി മാറ്റാനാണ് നമ്മുടെ െന്താണ് പറയുന്നത് സ്വപ്നം പോലെയാണ് സ്വപ്നം പോലെയെന്ന് പറഞ്ഞാൽ എന്താണോ സ്വപ്നം എങ്ങനെയാണോ മാറിപ്പോകുന്നത് അതുകൊണ്ട് ഈ ജാഗ്രതത്വം മാറിപ്പോകുന്നതാണ് അതുകൊണ്ടിതിൽ തുടർച്ചയും കായിത്യവും ശക്തിത്വവും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും പരമാർത്ഥമല്ല മാറിപ്പോകുന്നുകൊണ്ടുമില്ല മാത്രമേ അത് നടത്തുന്നത് അതിൽക്ക് പിന്നെ ജാഗ്രത സ്വപ്നമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക അതാണ് ഞാൻ എന്നല്ല ഇവിടെ പറയും അത് മാറിപ്പോകുന്നുള്ളൊരു സ്വപ്ന ശ്രമമാണെന്ന് പറയും മാറിപ്പോകുന്നുള്ളൊരു മിക്ക ഇത് സ്വപ്നമായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എന്തായിരിക്കും ജാഗ്രത നമുക്ക് തുടർച്ചയില്ലാതെ തുടർച്ചയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ബാക്കി നിരയിൽ ജാഗ്രത നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുന്നു നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സുണ്ട് ഈ ബന്ധനം നഷ്ടപ്പെടുന്ന സ്വപ്നമായിട്ടുണ്ട് പാദത്ത് വരും കൽപ്പനകളാണ് ഒരു സ്വപ്നമാണ് ഇന്ന് നാം കൽപ്പനയാണ് ജാഗ്രത എന്നും ജാഗ്രത തന്നെയായി സ്വപ്നം എന്നും പക്ഷേ ഇവിടെ എന്താണോ ആ മാറ്റം സംഭവിക്കാതിരിക്കുന്നത് സ്വരൂപ സ്വരൂപ അഭിസം ആ ബോധസ്വരൂപത്തിന് മാറ്റമാണ് അപ്പോ തത്വജ്ഞാനം എന്ന് പറയുമ്പോ ജാഗ്രതത്തിനെയോ സ്വപ്നത്തിനെയോ സുശക്തിയോ ഏതെങ്കിലും എന്തെങ്കിലും പരിഷ്കരിച്ചെടുക്കുന്ന അതിലെന്തെങ്കിലും മറിമായങ്ങൾ സംഭവിക്കുന്ന എന്തെങ്കിലും മരമായി സംഭവിച്ചാൽ അതൊരു ഭ്രാന്തിയാണ് ഒരാൾക്ക് ഈ ജാഗ്രത സ്വപ്നമായി അനുഭവപ്പെടുത്തി വരുന്നു എന്നിരിക്കട്ടെ അയാൾക്ക് അയാളെ മാനസിക ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടു മുന്നിലത്തെ ബാക്കിയിരുന്നു നാളെ അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ അങ്ങനെ വരുന്നവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു നമ്മളെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന ഒരു ശാസ്ത്രമല്ല ഈ അദ്വൈത ശാസ്ത്രം അങ്ങനെയെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന് നടക്കാതെ പിന്നെ ബലാത്കാരമായി അങ്ങനെ സംഭവിപ്പിച്ച് കുഴപ്പത്തിലാകേക്ഷേണ്ട കാര്യമില്ല ജാഗ്രത ജാഗ്രത തന്നെ സ്വപ്ന സ്വപ്നം അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരം എന്ന് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അടുത്തത് നമുക്കിങ്ങനെ സത്യത്വം അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ ഈ അനുഭവപ്പെടുന്ന സത്യത്വം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാൽ തന്നെ ഇത് പരമാർത്ഥമല്ലാതെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാം എന്തുകൊണ്ടിത് മാറിപ്പോൾ പിന്നെ ഈ പറയുന്ന അദ്വൈത അനുഭൂതി എന്ന് പറയുന്നത് എന്താണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത് എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതൊരിക്കലും വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പറ്റിയ കാര്യമാണ് അതിന് നമുക്ക് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ എന്തെങ്കിലും ഭാഷയിലൂടെ പ്രകടിപ്പിക്കാവുന്നോ എന്നുള്ള ഒരു കാര്യമില്ല അതിനെ നമുക്ക് ഏതെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിവിടെ ഒന്നും പറയുന്നില്ല ആത്മാനുഭവത്തെക്കുറിച്ചോ അദ്വൈത അനുഭൂതിയെക്കുറിച്ചോ ഒന്നും കൂടെ ശാസ്ത്രതോ ഭാഷയിലൂടെയോ ഒന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നതിൻ്റെ എന്താണ് പരമാവധി നമ്മുടെ യുക്തി കൊണ്ട് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു ആ യുക്തി കൊണ്ട് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളെ നമ്മൾ യുക്തിരഹിതമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഭ്രാന്തിയാണ് യുദ്ധവിഭ്രാന്തിയാണ് അല്ലെങ്കിൽ ആ യുദ്ധവിഭ്രാന്തിക്ക് കാരണമായി തരും അതുകൊണ്ട് ഇത് സ്വപ്നമായി ഇങ്ങനെ കാണപ്പെടും എന്നൊക്കെയുള്ള ധാരണകളും ഒരു വിഭ്രാന്തികളാണ് അങ്ങനെ കാണപ്പെടുന്നവർ നമ്മുടെ കൽപ്പനകളും നമ്മുടെ സ്വപ്നങ്ങളൊന്നുമല്ല അനുഭവം വരും അനുഭവത്തിനും ഭാഷയില്ല നമ്മുടെ കൽപ്പനകൾക്കും നമ്മുടെ സ്വപ്നം സ്വപ്നങ്ങൾക്കൊന്നും ഭാഷകൾ നമുക്ക് പറയാം ചിന്തിക്കാം അവിടുത്തെ അനുഭവത്തിനൊരിക്കലും ഭാഷയുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നത് യുക്തിയുക്തമായിട്ടാണ് പറയുന്നത് അതിനെ യുക്തിയുക്തമായി തന്നെ മിച്ചാത്വം എന്ന് പറയുന്ന എന്താണിവിടെ മാറിപ്പോവുക എന്നുള്ളതാണ് ഇവിടെ നിക്ഷാത്ത നമ്മുടെ അനുഭവത്തിൽ ഇതെല്ലാം സത്യമായി അനുഭവപ്പെടുന്നെങ്കിലും ഇവിടെ പറയുകയാണ് ഇത് മാറിപ്പോകുന്നതുകൊണ്ട് ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥ നിൽക്കാത്തതുകൊണ്ട് ആ കാരണം കൊണ്ട് ഇതിനെ ബോധിക്കുക മിത്യമാണെന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പരമാർത്ഥമല്ലാന്ന് ബോധിക്കുക അപ്പൊ പരമാർത്ഥം എന്ന് പറയുന്നത് മൂന്നവസ്ഥയിലും മാറാതിരിക്കുന്നവരൂപസ്വരൂപം ബോധസ്വരൂപം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബോധത്തെയും താങ്ങി നിർത്തിയിരിക്കുന്ന ബോധം അതാണ് ബോധം സത്യമാണെന്ന് പറഞ്ഞാൽ തന്നെ ചിലർ ചിന്തിക്കും എന്താണ് ബോധത്തെ എങ്ങനെ സത്യം എന്ന് പറയാൻ ഈ സമയം ഉണ്ടാകുന്ന ബോധം എല്ലായിടത്തും ബോധം മാറിക്കൊണ്ടേയിരിക്കും ജാഗ്രതയുടെ ബോധം എന്താ സ്വപ്നത്തിലെ ബോധം ചുരുക്കിനെ കുറിച്ചുള്ള ബോധം അതല്ല അപ്പൊ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബോധം എങ്ങനെ സത്യമാവും ഈ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തെ നിലനിർത്തുന്ന ഒരു ബോധം അതിനുള്ള സത്യവും ആ ബോധം മാറുന്നില്ല മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തെ ആ ഒരു ബോധത്തിലാണ് ഈ വിവോധ പരമ്പര ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ നിരന്തരം ഉറക്കം വരെ ഇങ്ങനെ അനുഭവങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ സത്യമൊന്നും പറയാൻ പറ്റില്ല ഈ അനുഭവങ്ങളെല്ലാം മാറുന്നു ഈ അനുഭവങ്ങളിലെല്ലാം മാറാതിരിക്കുന്ന ഒന്നുണ്ട് അതാണ് ഈ അനുഭവത്തെ അതാണ് ഈ അനുഭവത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നമ്മൾ ുമ്പോൾ ഉണ്ടായ ബോധം ഇപ്പോൾ ഉണ്ടാകുന്ന ബോധം പോകുന്ന ബോധം ഇങ്ങനെ ഈ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ബോധമാണ് അത് നമുക്ക് പിടിതരുന്നല്ല എന്നാലും അതവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം അതിനെ ആശ്രയിച്ചാണ് ഉറങ്ങുന്നതും സ്വപ്നം കാണുന്നതുമല്ല ആ ബോധം മാറാതിരിക്കുന്നു അതാണ് പരമാർത്ഥം അതിനെ അപേക്ഷിച്ചാണ് പറയുന്നത് എന്താണ് അത് അത് സത്യം എന്ന് പറയുന്ന മാറുന്നത് കൊണ്ട് സത്യമല്ല അതാണിവിടെ മിത്യ എന്ന് പറയുന്നത് മാറാത്തതുകൊണ്ട് അത് പരമാർത്ഥം സത്യം ഈ രീതിയിൽ സത്യത്തെയും മിത്യാത്വത്തെയും മനസ്സിലാക്കും ഈ രീതിയിൽ തന്നെ എല്ലായിടത്തും മനസ്സിലാക്കും എവിടെയെല്ലാം മായാ മാത്രം ഇതെല്ലാം പറയുന്നു അവിടെയെല്ലാം ഈ രീതിയിൽ മനസ്സിലാക്കും മാറാത്തതുകൊണ്ട് പോകുന്ന സ്വരൂപവും സത്യം മാറിപ്പോകുന്നതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം അതുകൊണ്ട് വീണ്ടും പറയുന്നത് എന്താണോ ഭേദവത് സർവത്ര വ്യഭിചാര സർവത്ര എന്ന് സ്വപ്ന സ്വികളിൽ ഈ അടിസ്ഥാന ബോധത്തിന് എല്ലാ ബോധവും നിലനിൽക്കുന്ന ഈ ബോധത്തിന് എല്ലാ ബോധത്തിനും ആധാരമായിരിക്കുന്ന ഈ ബോധത്തിന് മാറ്റം വരുന്നില്ല അതുകൊണ്ട് അന്യസ്വരൂപിച്ച സത്യത്തിൽ അന്യസ്വരൂപം അത് സത്യമാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നത് എന്നിവിടെ സത്യമിത്യകളെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് ആ രീതിയിൽ പ്രപഞ്ചത്തെയും മനസ്സിലാക്കും അതുകൊണ്ട് പ്രപഞ്ചം എനിക്ക് സത്യമായി അനുഭവപ്പെടുന്നു പ്രകൃതിയായി അനുഭവപ്പെടുന്നു ഇതെങ്ങനെ സ്വപ്നം പോലെയാകും ഇതെങ്ങനെ മിഥ്യയാകും എന്ന് മിഥ്യയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് ചോദ്യം എന്ന് തോന്നുന്നു മനസ്സിലൂടെ പറയുന്ന രീതിയിൽ മിഥ്യ മനസ്സിലാക്കും സ്വപ്നം മിഥിയാണെങ്കിൽ ജാഗ്രതും മിത്യ തന്നെ എന്തുകൊണ്ട് സ്വപ്നം മാറിപ്പോകുന്നതാണെങ്കിൽ ജാഗ്രത മാറിപ്പോകുന്നതാണ് ആ മാറിപ്പോകുക ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥ ഇല്ലാതിരിക്കുക ആ രീതിയിലാണ് എന്ന് തന്നെ അതിന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ സങ്കല്പങ്ങളിലേക്കൊക്കെ പോയി സത്യ ചെയ്യും മിച്ഛയൊക്കെ ഇവിടെ ഈ പറയുന്ന കാര്യം ജാഗ്രത സ്വപ്നങ്ങളിൽ വ്യക്തമാണ് ജാഗ്രത സ്വപ്നമില്ല സ്വപ്നത്തിൽ ജാഗ്രതയില്ല പക്ഷേ സുഷുപ്തിയെ സംബന്ധിച്ച് നമുക്ക് അവ്യക്തതയാണ് സുഷുതിയിൽ ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയും സൃഷ്ടിയിൽ സംബന്ധിച്ച് നമുക്ക് ഉള്ള ഒരേ ഒരു അനുഭവം എന്താണോ എന്നും അറിഞ്ഞില്ല അന്ന് മാത്രമേ ഉള്ളൂ ജാഗ്രതയുടെ സ്വപ്നത്തിനും അങ്ങനെയല്ല ഞാൻ അറിയുന്നു അറിയുന്നില്ല ഈ രണ്ടനുഭവം ഇവിടെ നിന്നാണ് അറിയുന്നു അറിയുന്നില്ല രണ്ടും മാറി മാറി നിൽക്കുന്നു മറ്റ് അങ്ങനെയല്ല ശക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന ഒന്നും മാത്രമേ ഉള്ളൂ ഒന്നും അറിഞ്ഞില്ല അപ്പൊ അവിടെ ബോധത്തിന്റെ നിലനിൽപ്പിന് എന്താണ് പ്രമാണം ഒന്നും അറിഞ്ഞില്ല എന്ന് തന്നെയുള്ളൂ സുഷ്ട്യിൽ ആരും പറയാറില്ലല്ലോ സുഹൃപ്തിയിൽ ഞാൻ എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരുന്ന പറയാൻ കഴിയുന്നു അങ്ങനെ ഒരു സ്മരണയോ അനുഭവം നോക്കില്ല അപ്പൊ സുഷുപ്തി ലഭിചരുത് ഈ തത്വത്തിനവിടെ വ്യഭിചാരം വരുന്ന് മാറ്റം ഈ ബോധം സുഷുപ്തിയിലും ബോധ സ്വരൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല അവിടെ ബോധവും മാറിപ്പോകുന്നു അതുകൊണ്ടാണ് അന്ന് ഉറപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബോധമില്ലെന്നുള്ളത് നമ്മൾ പറയുന്ന തന്നെ എന്താണ് ബോധമില്ലാതെ ഉറങ്ങുന്നതാണ് നല്ല ഉറക്കം സ്മരിക്കുന്നതിനാണ് ഞാൻ ബോധമില്ലാതെ പറഞ്ഞു ബോധമില്ലാതെ ഉറങ്ങി എന്നാണ് നമ്മളെ നിർണയെങ്കിൽ ബോധം അവിടെ നഷ്ടപ്പെട്ടത് ഇന്ന സ്വരൂപ വിശേഷം എന്ന് നേരത്തെ പറയുന്നു ബോധം ഇങ്ങനെ നിൽക്കുന്നു എന്ന് എന്താണ് ഇനി ബോധം എങ്ങനെ പരമാർത്ഥമാകും സാധാരണ രീതി ചോദിക്കാമെന്ന് വിളിച്ചിട്ട് ബോധമില്ലാതെ ഉറങ്ങാമെങ്കിൽ ബോധം എങ്ങനെ നിലനിൽക്കുന്നു അതിനു നിശ്ചയിച്ച് മനസ്സിലുഹൃപ്ത അനുഭൂയമായത്വ സുഹൃപ്തൻ പറയുന്നു ശരി ജാഗ്രത മാറിപ്പോയി പക്ഷെ ജാഗ്രതത്തിൽ നീ അറിഞ്ഞു മാറിപ്പോയ ജാഗ്രത്തിൽ നീ എന്താണ് ജാഗ്രത്തിനെ അറിയുന്നവനുണ്ട് ജാഗ്രത വിഷയമാക്കുന്ന ഒരു ബോധം ജാഗ്രത എല്ലാ ബോധങ്ങളെയും വിഷയമാക്കുന്ന ഒരു ബോധം ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പേര് കൊടുക്കണം ബോധം എന്ന് പറയുന്നതിന്റെ വാശ്യാർത്ഥം ഒന്നും എടുക്കണം എല്ലാത്തിനെയും വിഷയമാക്കുന്ന ഒന്ന് അങ്ങനെ നമ്മൾ ബോധം ഒന്നും കൊടുക്കണം ശക്തം കൊണ്ട് പറയാൻ പറ്റി വന്നിട്ട് അതിനാണ് നമ്മൾ തുടിയണം എന്നുള്ളത് കോധമെന്നോ തുലെന്നോ എന്തെങ്കിലും ശബ്ദം കൊണ്ട് പറയുക പക്ഷേ ഈ ജാഗ്രത്തിൽ മുഴുവൻ നിലനിർത്തുന്ന ഒന്നുമുണ്ട് ഏതോ ഒന്നിലാണ് ഈ ജാഗ്രത ഇങ്ങനെ പ്രകാശിക്കുന്നത് ശരീരവും മനസ്സോ ഉദാരങ്ങളും വിതാരവും ഈ എല്ലാം പ്രകാശിക്കുന്ന ഒന്നുണ്ട് അതീ ജാഗ്രതത്തിലുണ്ട് ജാഗ്രതയിലുണ്ടെന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിന് അത് നിലനിർത്തണം അതുകൊണ്ടാണ് ഞാൻ അറിയുന്നത് എന്താണ് ഞാൻ നമ്മൾ ഉന്നയിക്കുന്നത് അതുപോലെ ഞാൻ സ്വപ്നത്തിന് പറയും സ്വപ്നത്തെ നിലനിർത്തുന്ന എന്തോന്നും അതുകൊണ്ട് ഞാൻ സ്വപ്നത്തെ തിരിച്ചറിയും അങ്ങനെയാണെങ്കിൽ ഈ സുഷൃപ്തിയെ ഉറക്കത്തെ ആരാ തിരിച്ചറിയും ആരാണ് ഉറക്കത്തെ നിലനിർത്തിയത് ഞാൻ ഉറങ്ങി എന്ന് ഉറക്കത്തെ തിരിച്ചറിയുന്ന ആരാണ് െന്ന് ഉറക്കത്തെ തിരിച്ചറിയുന്നവൻ അല്ലെങ്കിൽ എന്റെ ഉറക്കത്തെ നിലനിർത്തിയവൻ അതിനാണ് ഇവിടെ ബോധമെന്നുള്ള പേര് കൊണ്ടുവരുന്നത് അതിന്റെ അടുത്ത ഒരുപക്ഷെ ധരിക്കുന്നവനായിരിക്കും അത് ഉറക്കത്തിലില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഉറക്കമെന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതായിരുന്നു ഉറക്കമെന്ന് പറയുന്നതിന്റെ അനുഭവമാണ് ആ അനുഭവം എവിടെയാണ് നിലനിന്നത് അത് ഉറക്കത്തിലും സ്വപ്നത്തിനും ജാഗ്രതത്തിലുമെല്ലാം എന്നുള്ള പറയുന്നത് സുഷുപ്ത അനുഭൂയമാണ് ആ സുഷുപ്തനം ഇവിടെ നിലനിൽക്കുന്നു അതും നിന്റെ അനുഭവത്തിൽ പ്രകാശിക്കുന്നുണ്ട് ഉറക്കത്തിൽ ബോധമുണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു ജാഗ്രതയും സ്വപ്നത്തിനെയും ഈ ബോധങ്ങൾ അവിടെ ഇല്ല ാലും ആ ഉറക്കത്തെ നിലനിർത്തിയ ഒരു ബോധം അവിടെയുണ്ട് ആ ഉറക്കത്തെ നിലനിർത്തിയ ആ ബോധം തന്നെ ഈ ജാഗരത്തിനെയും സ്വപ്നത്തെയും നിലനിർത്തുന്ന ബോധം അപ്പൊ അതിന് നമ്മൾ ഒരു പേരൊക്കെ വിളിക്കാം ബോധമെന്നോ അറിവുന്നു ജ്ഞാനമെന്നോ എന്തെങ്കിലും ഒരു പേർക്ക് വിളിച്ചാൽ ഈ മൂന്നിനെയും നിലനിർത്തുന്ന ഒന്നു അത് തന്നെയാണ് തിരിയുന്നത് ജാഗരത്തിനെയും സ്വപ്നത്തെയും ചുരുക്കത്തെയും നിലനിർത്തുന്നതും അത് നമ്മൾ ഒന്നായി സങ്കൽപ്പിച്ച അതിലാണ് ഈ ജാഗ്രതയും സ്വപ്നവും സുഷുതിയും പ്രകാശിക്കുന്നത് എന്ന് നമ്മൾ സങ്കൽപ്പിച്ചാൽ നമ്മൾ ആ സങ്കൽപ്പിക്കുന്ന ഒന്ന് അതിന്റെ പേരാണിത് കുര്യൻ ബോധം ജ്ഞാനം അച്ഛദാനന്ദം ആത്മാവ് ബ്രഹ്മം ഈശ്വരൻ പ്രവജ്ഞൻ സർവീശ്വരൻ എന്നെല്ലാം കൂടെ ഒന്നാണ് അതിന് മാറ്റം ഉണ്ടോ അതിന് മാറ്റം സംഭവിക്കാത്തതുകൊണ്ട് ഞാൻ സുസൃപ്തി അറിയുന്നു അതുകൊണ്ടിവിടെ പറയുന്നു സുഹൃത്തു അനുഭവിയാണ് സുഹൃത്തനെ ഞാൻ അറിയുന്നു സുഹൃത്തനെ പ്രകാശിപ്പിക്കുന്നത് ഏതോ അത് സുഹൃഷ്തിയിൽ ഉണ്ടായിരിക്കും എന്നാലും എനിക്ക് ബോധം കെട്ടു തുറങ്ങി എന്ന് പറയാൻ കഴിയുന്ന എന്തുകൊണ്ട് ജാദ്രസുപ്തനങ്ങളുടെ ബോധങ്ങളെല്ലാം അവിടെ നശിപ്പിച്ചു ഈ ബോധങ്ങളെല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ഒരു ബോധമുണ്ട് അതിനെ സത്യം പരമാർത്ഥം നിത്യം മാറ്റമില്ലാത്തതും എന്നെല്ലാം പറയുന്നു അത് ശ്രുതി എന്നും പറയുന്നു ശ്രുതി വ്രതാരണ്യത്തിൽ നാലാം അധ്യായത്തിൽ ജനകയാത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതെടുത്ത് വായിച്ചത് അവിടെ ഈ സുഷക്തിയെക്കുറിച്ച് വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നു സുഷുക്കിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു എന്താണ് വിജ്ഞാദു വിജ്ഞാദി വിപരിലോക വിദ്യാശിത്വ അവിടെ പറയുന്നു ജാഗ്രത കാര്യത്തിൽ തർക്കവുമാണ് അവിടെ ഞാൻ ഉണർന്നിരുന്നെല്ലാം അറിയുന്നു എന്റെ ഉണർവു കൊണ്ട് എന്റെ ഉണർവിന്റെ വിഷയങ്ങളും അതാർക്കും വിവാദമുണ്ട് സ്വപ്നത്തിന്റെ കാര്യത്തിലും വിവാദമാണ് കാരണം അവിടെ ഈ ഉണർവുണ്ട് ഉണർവിന്റെ വിഷയങ്ങളും പക്ഷെ സുഷൃത്തിയിൽ വിവാദമുണ്ട് കാരണം സുഷൃത്തിയിലൊരു ഉണർവെന്ന് നമുക്ക് പറയാൻ കഴിയും അതൊക്കെന്താണ് എല്ലാ ഉണർവും നഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ പറയുന്നത് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോണർവും എല്ലാ ഉണർവും നഷ്ടപ്പെട്ടെന്ന് പറയുകയും പിന്നെ അവിടെ ഒരു ഉണർവ് നിലനിന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പരസ്പരമായിരിക്കുന്നത് ഞാൻ പറയണേ ഉറക്കത്തിൽ രണ്ട് എല്ലാ ഉണർവുകളും നഷ്ടം പക്ഷെ ഞാൻ ഉണർന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഉറക്കമല്ല ജാഗ്രത ഉണർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത് നല്ല സ്വപ്നം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ചോദ്യം വരും എന്താണ് ഉറക്കത്തിന് നീ ഉണർന്നിരുന്നോ എന്നാൽ പിന്നെന്താ ഉറക്കം എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ഉറക്കത്തിൽ ഉണർവില്ലായിരുന്നുവെങ്കിൽ ഉണർവിനും മാസം സംഭവിക്കുന്നുണ്ട് ഉണർവ് എങ്ങനെ പരമാർത്ഥമാകും രാത്രിക്ക് സ്വപ്നമായി സൂക്ഷിക്കും പോലെ ഈ ഉണർവും പരമാർത്ഥമില്ലാതായി ഉറങ്ങിയ അവസ്ഥയിലും ഉണർവിനെ അംഗീകരിക്കേണ്ടി വരിക അതൊരു വൈരുദ്ധ്യമല്ലേ എന്നിട്ടില്ല അതിന് സമാധാനമാണ് പറയുന്നത് ഉറക്കത്തിൽ ഉണർവ് നഷ്ടപ്പെടുന്നുണ്ടാണ് നഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഉറക്കം തന്നെ ഉണർവാകുന്നു ഉണരാതെ ഉണർന്നിരിക്കുന്ന സ്ഥാനം അതാണ് ഉണരാതെ ഉണർന്നിരിക്കുന്നത് ജീവിത ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഉണരാത ജാഗ്രത്തിന്റെയും സ്വപ്നത്തിലെയും നാനാത്ത ബോധങ്ങളില്ലാതെ ബോധം ഉണർന്നിരുന്നു അതിനെക്കുറിച്ച് പറയുന്നുജ്ഞാതുഹു ആ വിജ്ഞാതാവിന്റെ ഉണർന്നിരിക്കുന്നവനെയോട് പറയുന്ന വിജ്ഞാതാവ് ജാഗ്രത്തിനും സ്വപ്നത്തിനും സുതൃപ്തി ഉണർന്നിരിക്കുന്ന ഒരാളാണ് അവന്റെ വിജ്ഞാതെ അവന്റെ വിജ്ഞാതിന്റെജ്ഞാതി അവന്റെ ആ ഉണർവ് ഉണർന്നിരിക്കുന്നവന്റെ സ്വരൂപമായിരിക്കുന്ന ഉണർവ് ആ ഉണർവിന് വിപരിലോക്ക് മാറ്റം മാറ്റം വിത്തിരി സംഭവിക്കുന്നില്ല ജാഗ്രത്തിനും സ്വപ്നത്തിനും ഉണർന്നിരിക്കുന്നവന്റെ ആ ഉണർവ് ആ ഉണർവിന് എങ്ങനെ നമുക്ക് പറയാം അവന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന ഉണർവ് അവന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നവർ ജാഗ്രത്തിനും സ്വപ്നത്തിനും എന്ത് പറയുന്നു അവനവന്റെ ആ സ്വരൂപത്തിൽ നിന്നൊരു ച്യുതി സംഭവിക്കുന്ന ഒരു മാറ്റം ഒരു സ്ഥലം അവന് സംഭവിക്കുന്നു ഇപ്പോ ആ വിജ്ഞാതാവിന്റെ വിജ്ഞാതിയിൽ നിന്നും ഒരു മാറിയൊരു വിജ്ഞാനമാണ് അവനൊരു മാറ്റം സംഭവിച്ച വിജ്ഞാനം വരുന്നു അതാണ് ജാഗ്രത സ്വപ്ന വിജ്ഞാനം ആ വിജ്ഞാനങ്ങൾ അവിടെ ഇല്ലാതാകുന്ന പക്ഷെ അവന്റെ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാതി അവന്റെ ആ ഉണർവ് അത് സൃഷ്ടിച്ചു അതിന് മാറ്റം ില്ല അതുകൊണ്ട് ഈ വിജ്ഞാതാവിന്റെ വിജ്ഞാതാവ് എന്ന് പറയുമ്പോൾ പരിചയമുണ്ടരും കണ്ടും കേട്ടും അറിഞ്ഞു ഇരിക്കുന്നവനാണ് ഈ വിജ്ഞാതാവ് ഈ വിജ്ഞാതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ വിജ്ഞാനത്തിന് ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഴ്ചിയിലും ഒരുപോലെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ സുഖമായിട്ട് ഞാനൊന്നും അറിയാതെ ഞാൻ ഗാഠമായിട്ട് ഇറങ്ങി എല്ലാം മറന്നുറങ്ങി എന്നെല്ലാം പറയാൻ കഴിയുന്നത് ഇപ്പൊ ഉറങ്ങുന്നവൻ എന്നെ നമ്മളറിയുന്നുണ്ട് ഉറങ്ങുന്നവനാരുന്നത് ഉറങ്ങുന്നവനെ സ്വയം അറിയുക ഉറങ്ങുന്നവന്റെ സ്വരൂപമായിരിക്കുന്ന അറിവനൊരിക്കലും നാശം സംഭവിക്കാത്തോണ്ട് അവനും എല്ലാ ബന്ധങ്ങളെയും വിട്ടിട്ട് സ്വയം അവിടെ അവൻ അറിവായി അതുകൊണ്ടാണ് അതിൻ്റെ സ്വരൂപമായിരിക്കുന്ന അറിവിന് ആ ഉണർവിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നവിടെ ചർച്ച ചെയ്ത് തീരുമാനം അനുഭവത്തിലൊക്കെ ചിന്തിച്ച് രാജ്യമൊക്കെ ജനകനും എല്ലാം അങ്ങോട്ട് മനുഷ്യന്മാരെ ചിന്തിച്ചിട്ട ഒരു തീരുമാനത്തിൽ അത് പരമാർത്ഥമാണ് നേരത്തെ പറഞ്ഞ സ്വരൂപസ വിശേഷം ബോധസ്വരൂപത്തിന് മാറ്റമുണ്ടാകാൻ ആ ബോധസ്വരൂപത്തിന് സ്വരൂപം പരമാർത്ഥമാണെന്ന് നാം പറഞ്ഞ് എന്നോട് വിശദീകരിക്കുക ഇവിടെ നമുക്ക് വരുന്ന ഒരേ ഒരു തകരാർ എന്ന് പറയുന്നത് ഉണർവ് ബോധം പരമാർത്ഥം ജ്ഞാനം ബ്രഹ്മം ആത്മാവ് അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട് ഈ വാക്കുകളെല്ലാം തിരിയൽ ഇതെല്ലാം ഒരു ഒരേ ഒരു വസ്തുവിനെ തന്നെ ബോധിപ്പിക്കും പക്ഷെ നമ്മുടെ മനസ്സിന് അതിന്റെ വാച്യാർത്ഥത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വാക്കുകൾ ഒരേ കാര്യത്തെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിച്ചാലും നമ്മുടെ മനസ്സ് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ വിത്പത്തി അനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദാർത്ഥ ബോധത്തിനുള്ള കഴിവ് അതനുസരിച്ച് നമ്മുടെ ഈ ശാബ്ദബോധം അത് ഇപ്പോഴും അതിന്റെ വാറ്റ്യത്തിനുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വാച്യത്തെ വിട്ട് അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും ഒരു ശ്രുതി അത് ബോധിപ്പിക്കാൻ എപ്പോൾ ശ്രമിക്കുന്ന എന്താണ് വാച്യാർത്ഥത്തിനപ്പുറമുള്ളൊരു തരമാണ് വാച്യാർത്ഥം കടന്നു പ്രകാശിക്കുന്ന ആ തുരിയെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വിജ്ഞാത വിജ്ഞാതി ആ തുലിയെ തന്നെയാണ് ചുരുത്തീരം പ്രകാശിക്കുന്നത് വാച്യാർത്ഥം കടന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിന് വാച്യാർത്ഥം വരെ എത്താൻ കഴിയുന്നു അപ്പൊ അത് അതിനപ്പുറമുള്ള ഒരു തലത്തെയാണ് ഇവിടെ പ്രകാശിക്കുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന ആ തലം അതിന് മാറ്റമില്ല അത് സത്യമാണ് ആ പാര നിലയിലുമായി ചട്ടിച്ചു നോക്കുമ്പോൾ ആപേക്ഷികമായിട്ടാണ് പറയുന്നത് എന്താണ് ഈ ജാഗ്രതയും സ്വപ്നം പോലെ വ്യക്തിയാണ് പരമാർത്ഥമല്ല എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ സങ്കൽപ്പിച്ചെടുക്കുന്ന ഒരു വ്യത്യാസം അത് പരമാർത്ഥത്തിൽ നിന്ന് പാരമാർത്ഥിക നിലയിൽ നിന്ന് ഉള്ള ആപേക്ഷികമായ ഈ അവസ്ഥകളുടെ വ്യത്യാസത്തെയാണ് പറയുന്നത് യുക്തി കൊണ്ട് ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ യുക്തിയുക്തനായി പറഞ്ഞു യുക്തിയുടെ തലത്തിനപ്പുറമാണ് അതിന്റെ അനുഭവം അതിനെയാണ് പരമാവധി വാക്കുകളെ കൊണ്ട് ഇവിടെ പറയുന്നത് വിജ്ഞാദു വിജ്ഞാതി വിജ്ഞാതാവിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവ സുഖവുമായി ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞിവിടെ ആ പുരിയെ പരമാവധി വെളിപ്പെടുത്തിയിരിക്കുന്നു അത് മനനത്തിലൂടെ കൂടുതലുള്ള ശ്രവണത്തിലും അത് ബോധ്യപ്പെടുന്നു മനണത്തിലും ബോധ്യപ്പെടില്ലെങ്കിൽ അത് ഗ്യാനത്തിലൂടെ ബോധ്യപ്പെടുക അതിനുവേണ്ടി ഇനിയും പറയും ധ്യാനത്തെയോ മനണ്ടത്തെയോന്നും മനനത്തിലൂടെയും ഗ്ഞാനത്തിലൂടെയും ഒക്കെ ശ്രവണത്തിലൂടെ ബോധ്യപ്പെട്ടവനെ തന്നെ മരണത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണം കൊണ്ടും ധ്യാനം കൊണ്ടൊന്നും ബോധ്യപ്പെടില്ല അതാണ് അതിന്റെ രഹസ്യം അതാണ് ഇവിടെ കുരൾ എന്ന് പറയുന്നത് അതേവ അധ്യക്ഷമാണ് അത് അധൃഷ്ടമാണ് സാധനം വരാറുണ്ടല്ലോ സാക്ഷാത്കാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഒരു കണ്ടെത്തൽ കുതിയന കണ്ടെത്തൽ ൊരിക്കലും ഒരു കണ്ടെത്തലല്ല പക്ഷുകാരനാണെങ്കിലും പല ഭാവങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയ സാധനമല്ല നമുക്ക് അജ്ഞേയമായിരിക്കുന്ന അറിയാതിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ആത്മാവിനെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അവിടെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ധരിച്ചിരിക്കുന്ന വാച്ചാടത്തമല്ല അവിടെ എന്തുകൊണ്ട് ആത്മാവിനെ കണ്ടെത്താൻ പറ്റത്തില്ല അതൊരിക്കലും അജ്ഞേയമല്ല അത് എന്താണ് ഞസ്വരൂപമാണ്വരൂപമായിരിക്കുന്ന ഒന്നിനെ നമുക്ക് എങ്ങനെ കഷാക്തിരിക്കാൻ പറ്റും എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മളതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിന്റെ പരമാർത്ഥം പറയുകയാണ് അത് അദൃഷ്ടമാണ് അദൃഷ്ടമായതല്ല പരിശിക്കുക എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമല്ല കണ്ണുകൊണ്ടോ മനസ്സിലുണ്ടോ ഇന്ദ്രിയങ്ങളുണ്ടോ എല്ലാം അറിയുന്നതിനാണ് ദൃഷ്ടം നമ്മളെപ്പോഴും അതിനുള്ളൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അങ്ങനെ കണ്ടെത്തണം എന്നെ നേരിട്ട് കാണണം മറ്റേതിനെയും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കാരണം നമുക്ക് അജ്ഞയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല എന്നും അജ്ഞയമായി തന്നെ ഇരിക്കും അതിനെ നമുക്ക് പരിശ്രമിച്ച് കണ്ടെത്താം എന്തുകൊണ്ട് അതൊരു മറയാണ് ആ മറയെ നീക്കി നോക്കുകയും കണ്ടല്ല അത് അദൃഷ്ടമാണ് ഇതൊരിക്കലും അങ്ങനെ ബുദ്ധിയുണ്ട് കണ്ടെത്താവുന്ന ഒന്നല്ല സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ് പരമാവധി നവം ചെയ്യാവുന്നതുകൊണ്ട് എന്താണ് അവന്റെ മറയെ മാറ്റുക എന്നുള്ളതിൽ ദൃഷ്ടത്തിരിക്കുന്ന വെച്ചിരിക്കുന്ന വിളക്കിനെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ആ വിളക്കിനെ മറിച്ചിരിക്കുന്ന ദൃശ്യം മാറ്റുക എന്നുള്ളതാണ് അതിനപ്പുറം നമ്മുടെ ചക്ഷുവരീന്ദ്രത്തിലും ആ വിളക്ക് വെളിപ്പെടുകയാണ് അവിടെ വെളിച്ചത്തെ കാണുന്നതിന് വേണ്ടി ഒരു പ്രയത്നം നമുക്ക് സാധ്യം പ്രയത്നത്തിലൂടെ നമുക്ക് വെളിച്ചത്തെ കാണാൻ പറ്റും എന്തുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ ആ വെളിച്ചത്തിന്റെ സ്വഭാവമാണ് പ്രകാശിക്കുക നമ്മളൊരു മറക്കപ്പുറം വിളക്കിന് വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുളക്കവിടെ പ്രകാശിക്കുന്നു നമ്മുടെ കണ്ണ് പ്രകാശിക്കുന്നു മറ്റു രണ്ടും കുട്ടി മുട്ട മറ തടസ്സമായിരുന്നു വെളിച്ചം ഇല്ല നമുക്ക് നമ്മുടെ കണ്ണിലൊക്കെ ഇരുട്ടാണ് മറ മാറ്റിക്കഴിഞ്ഞാലോ അവിടെ എന്താ സംഭവിക്കുന്നത് ഒരു യത്നം അവിടെ സംഭവിക്കുന്നില്ല മറ മാറ്റിയാൽ സ്വഭാവമാണ് വസ്തുവിൻ്റെ സ്വഭാവമാണ് കണ്ണിൻ്റെ സ്വഭാവമാണ് വെളിച്ചത്തിൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്ന് ഒരു ദിവസവും പ്രകാശിക്കുന്നു എന്നെ നമുക്ക് പറയാം പിന്നെ അവിടെ എന്താണ് രണ്ട് വസ്തുക്കളുണ്ട് ഒന്ന് പുറമെയുള്ള വെളിച്ചം മറ്റൊന്ന് അകമിയുള്ള വെളിച്ചം ഈ രണ്ട് വെളിച്ചം കൂടി കൂട്ടിമുട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൽ നിന്ന് നമ്മൾക്കവിടെ ഏറ്റവും സഹജമായി തന്നെ സംഭവിക്കുന്നു മറ മാറ്റിക്കഴിഞ്ഞാൽ പുറമെയുള്ള വെളിച്ചം അകമയുള്ള വെളിച്ചം ഒന്നായി തീരും ഒന്നായി തീരുന്നു ഒന്ന് പറയുന്നത് ആ വെളിച്ചമായി ഇവിടെ അങ്ങനെ രണ്ട് വെളിച്ചമില്ല ഊട്ടിമുട്ടാൻ രണ്ട് വെളിച്ചങ്ങൾ ഇവിടെ ഉള്ളിൽ ഒരു പ്രകാശമേ ഒരു പ്രകാശത്തിന് എന്താണ് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു തിരസ്കരനും മായ അമിത്യ അജ്ഞാൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു മഴ എന്താണ് ആ മറയുടെ സ്വഭാവം കുട്ടിക്ക് പിടികിട്ടാത്ത അതുകൊണ്ടാണ് ഇവിടെ എല്ലാ പരിശ്രമങ്ങളും എന്താണ് ഒരിക്കലും ഇതിനെ ദർശിക്കാനുള്ള പരിശ്രമമാണ് എല്ലാ പരിശ്രമങ്ങളും ഈ മറയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അനിർവചനീയമായിരിക്കുന്ന ഈ മറ അത് അനിർവചനീയമായി തന്നെ മാറുന്നു അത്രമാത്രം ഇവിടെ സംഭവിക്കുന്നു അത് സ്വയം പ്രകാശിക്കുന്നു തടസ്സങ്ങളെല്ലാം മുമ്പും തടസ്സങ്ങളില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരുന്നു വീണ്ടും അത് തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു അതെന്നും അതിഷ്ടമായി തന്നെ നിൽക്കുന്നു നമ്മൾ ദർശിക്കുന്നല്ല അതിഷ്ടം തസ്മാദ് അവ്യവഹാരിയും അതിന്റെ പാരമാർത്ഥികമായ നിലയെ നമ്മൾ ശ്രീ ബോധിപ്പിച്ചു തരികയാണ് എന്ന് ഇവിടെ പറയുന്ന എന്താണ് നമ്മൾ ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു അതെല്ലാം മറ്റൊരർത്ഥത്തിൽ പാഴാണ് ഇപ്പൊ നമ്മൾ അത് സാർത്ഥകമാണെന്ന് കരുതിയാണ് അതിനെ പ്രയോഗിക്കുന്നത് ശബ്ദങ്ങളെ അവലംബിക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് ശബ്ദത്തിലൂടെ ഇന്ന് തിരിച്ചു അത് അസാധ്യമാണെന്നാണ് നേരത്തെ പറഞ്ഞതെന്നാണ് അത് അകൃഷ്ടമാണ് ശബ്ദം നിഷ്ഫലമെന്നുള്ളതല്ല ശബ്ദത്തിന് പ്രയോജനങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനമുണ്ട് ശബ്ദത്തിൽ നിന്ന് വെളിപ്പെടുത്തി തരാൻ അത് സാധ്യമല്ല അത് വേറൊരു ഭാഗത്ത് പറയും എന്താണ് നന്ദനം അത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് അഴിവ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദുർഗന്ധമാണ് ഭാഷകാരംഭരങ്ങൾ തന്നെ ദുർഗന്ധമാണ് ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനും അതിനെ പുറത്തെടുത്ത് കഴുകണം തേച്ച് കഴിയണം സ്വതേ മണമുള്ള വസ്തുവാണ് പക്ഷെ വെള്ളത്തിൽ കിടന്ന് അഴുകി കഴിഞ്ഞാൽ ദുർഗന്ധമാണ് അതിനെ അടുത്ത് തേച്ചു കഴിയാൻ എന്താ സംഭവിക്കുന്നത് അതിന്റെ പുറത്തുണ്ടായിരുന്ന അഴുകിയ ഭാഗങ്ങളെല്ലാം പോകും അഴുകിയ ഭാഗം പോയി കഴിഞ്ഞാലോ വീണ്ടും ചന്ദനത്തിന്റെ സ്വതേയുള്ള സുഗന്ധം പദ്ധതി ശബ്ദം ഇത്രയെ ചേച്ചു ശബ്ദത്തിന് ഒരിക്കലും നമ്മുടെ പ്രയത്നത്തിന് ചന്ദനത്തിന്റെ സുഖയുള്ള ആ സൗഗന്ധത്തെ അഭിവ്യഞ്ജിപ്പിക്കാൻ കഴിയത്തില്ല അതായതിന്റെ സ്വഭാവമാണ് ചന്ദനം മണക്കുക എന്ന് പറയുന്നതിന്റെ സ്വഭാവമാണ് നമ്മൾ തേച്ച് കഴിയുമെന്ന് വിചാരിച്ച് മണമില്ലാത്ത ചന്ദനം മണക്കത്തില്ല പക്ഷേ അത് കൃത്രിമമായി വന്നു ചേരുന്ന അഴുപ്പ് അത് മാറ്റാൻ നമ്മുടെ പ്രയത്നത്തിന് കഴിയും ശബ്ദം സഫലമാകുന്ന അവിടെയാണ് അതിനെ പ്രകാശിപ്പിക്കുന്ന ഭാഗത്ത് അത് നിഷ്ഫലമാണെങ്കിലും സഫലമാകുന്ന ഈ ചന്ദനത്തിന്റെ അഴുപ്പ് തേച്ച് കഴിയുന്ന ഇവിടെയുള്ള ഈ അജ്ഞാനം മറയെ നീക്കുന്നതിന് ശബ്ദത്തിൻ്റെ ഒരു ശേഷിയാണ് ആ മാത്രമേ ഉള്ളൂ വേറൊന്നിനും ഓങ്കാരത്തെടുത്ത് പറയുന്നതാണ് അത് അതിൻ്റെ അർത്ഥം ഒരിക്കലും ശബ്ദത്തിനെ വെളിപ്പെടുത്തിയിൽ നിന്ന് ഇത് അദൃഷ്ടമായതുകൊണ്ട് തന്നെ എന്താണ് വ്യവഹാരികൾ ഒരു തരത്തിലുള്ള വ്യവഹാരങ്ങളും സംഭവിക്കത്തില്ല വേറെ തരത്തിലുള്ള അർത്ഥക്രിയാകാരിത്വങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല ഏതെങ്കിലും തരത്തിൽ ഇതിനെ പിടിച്ചെടുക്കാൻ സാധ്യതയല്ല സാക്ഷാത്കരിക്കാൻ സാധ്യതയല്ല ഏതെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ ഇതിനെ നമുക്ക് സ്വായത്തമാക്കാൻ സാധ്യമല്ല ഇത് ഏതെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലമായി വരുത്തണ്ട ഇതിലൂടെ എന്തെങ്കിലും ഒരു പ്രയോജനത്തിൽ നമുക്ക് സിദ്ധിക്കാൻ പറ്റില്ല അവസാനം പോലെ എന്താണ് ഇവിടെ ബന്ധ മോക്ഷങ്ങളൊന്നും തന്നെ ഇതിൽ സാധ്യമല്ല അതുകൊണ്ട് പറയുന്നത് എന്താണ് ഇത് അവ്യാവഹാരിയമാണ് ശബ്ദം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങൾക്കും മനസ്സിൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് പറയുന്ന ഒരു അന്ത്യമകാര്യമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ നമ്മുടെ കരണങ്ങൾ നമ്മുടെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ എന്താണോ ശബ്ദം പോലെയുള്ള പ്രമാണങ്ങൾ പ്രത്യക്ഷം പോലെയുള്ള പ്രമാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതിനെയൊക്കെ ആശ്രയിച്ച് നമ്മൾ സ്വരുക്കൂട്ടുന്ന സങ്കല്പങ്ങൾ പിരിയെടുക്കുന്നു ആ സങ്കല്പങ്ങളാണ് ഇവിടെ തടസ്സമായി അതിൽ നിന്നിവിടെ യാതൊരു ഈ തിരിയെന്ന് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അജ്ഞരായ മനുഷ്യർ എന്താണ് അവരുടെ ശരീരം അവരുടെ ലോകം അവരുടെ പ്രപഞ്ചം വൈഷികമായ സങ്കല്പങ്ങൾ ഇതുകൊണ്ടവർ അതിനുള്ള മറിയ ആധ്യാത്മികമായി ചിന്തിക്കുന്നവരാണെങ്കിലോ ആത്മാവ് പരബ്രഹ്മം കുരിയൻ ബന്ധം മോക്ഷം തുടങ്ങിയ സങ്കല്പങ്ങൾ കൊണ്ട് അവർ മറപ്പത്തി അന്ന് കുറച്ചുകൂടി പരിഷ്കൃതം മറ്റൊന്ന് ഈ വ്യത്യാസമേ അതാണ് പറയുന്നത് അതുകൊണ്ട് പരമാർത്ഥത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം സങ്കല്പത്തെ വിടാൻ പറ്റും കാരണം സങ്കല്പത്തെ വിടാൻ നമുക്ക് കഴിയുന്നില്ല പറയുന്നതാണ് സങ്കല്പത്തെ വിടണമെന്നുള്ള ആഗ്രഹം പോലും സങ്കല്പമാണ് എനിക്ക് സങ്കല്പമൊന്നും വേണ്ട എന്ന് സങ്കല്പിച്ചാൽ പിന്നെ സങ്കല്പം എങ്ങനെ പോകും പിന്നെ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സങ്കല്പങ്ങളല്ല പരമാർത്ഥം ഈ സങ്കല്പങ്ങളുടെ സൃഷ്ടിയല്ല പരമാർത്ഥമെന്ന് ഈ സങ്കല്പങ്ങളുടെ പരമാർത്ഥത്തെ ബോധിക്കാമോ അത് മാത്രമാണ് ഇവിടെ തടസ്സമായിരിക്കുന്നത് എന്ന് സങ്കൽപ്പത്തെ ബോധിക്കും ആ ബോധിച്ചാൽ മതി അതിനാണ് ഇവിടെ പറയുന്ന അവ്യവഹാരിയും ഒരു തരത്തിലുള്ള വ്യവഹാരത്തിന് ഇത് വിഷയമല്ല അങ്ങനെയല്ല ഇതിനെ ധരിക്കേണ്ടത് നമ്മൾ ധാരാളം പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പരിശ്രമങ്ങൾ തെറ്റായ വഴിയിലാണെങ്കിലും പരിശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം സഫലമായി തീരുമാനമുള്ളൂ ശരിയായ തത്വബോധത്തോടുകൂടിയുള്ള പരിശ്രമങ്ങൾ മാത്രമേ മറയെ മാറ്റത്തുള്ളൂ മറയെ മാറ്റുന്നതിനാണല്ലോ പരിശ്രമം ആത്മാവിനെ കണ്ടെത്തുന്നതിനാണ് പക്ഷേ അത് ശരിയായ തത്വബോധത്തോടുകൂടിയാണ് ആ തത്വബോധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്മൃതി പലതരത്തിലും ഇതിനെ വ്യക്തമാക്കി തരാൻ ശ്രമിക്കുന്നത് ഗ്രാഫിയുമെല്ലാം അങ്ങനെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു മറ്റു പലതിനെയും നമ്മളിവിടെ ആർജിക്കുന്നതും പലതിനെയും ഇവിടെ നമ്മൾ സമ്പാദിക്കുന്നതും ആർജിക്കുന്നതും ഭൗതികമായിട്ടാണെങ്കിലും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും അതിൽ തന്നെ എന്താണ് ആന്തരികമായി ബൗദ്ധികവുമായിട്ടാണെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും വളരെ പ്രതികൾ അഗ്രാഹ്യമാണ് കർമ്മേന്ദ്രിയ അലക്ഷണം അലിംഗം വിദ്യേത് അനനിമയും നമ്മൾ അനുമാനിക്കുന്നു നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ മനസ്സിൽ അന്തരീന്ദ്രിയൊ ബാക്കിയേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ഒരു പ്രവൃത്തികളും നമ്മളെ അവിടെ എത്തിക്കത്തില്ല ആ പ്രകാശത്തിന്റെ മറയെ നീക്കുന്നതിന് സഹായിക്കത്തില്ല അത് പറയുന്ന എന്തിനാണോ ഇങ്ങനെ പറയുന്നത് കാരണം ആരാണ് ആത്മാവിനെ അറിയാൻ ബാഹ്യേന്ദ്രിയെ കൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് ബാഹ്യേന്ദ്രിയപാട് ചെയ്യുന്നു ബാഹ്യേന്ദ്രിയ ആഗ്രഹിച്ചുള്ള ഒരുപാട് യോഗത്യാഗങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ത്യാഗവും യോഗവും നമ്മൾ ചെയ്യുന്ന ഇവിടെ കൊണ്ട ബാഹ്യേന്ദ്രിയും അതെല്ലാം കൊണ്ട് അതെല്ലാം നിഷ്പ്രയോജനമെന്നല്ല ഇവിടെ പറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നുമില്ല അതെല്ലാം അല്ലാതിന്റെ തലങ്ങളിൽ നിലനിൽക്കും കൈകാലമൊക്കെ വളക്കഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും എല്ലാം ഗുണം ചെയ്യും അതിനൊന്നും നിഷേധിക്കുന്നത് പറയുകയാണ് പരമാർത്ഥമല്ലാത്ത പല കാര്യങ്ങൾക്കും ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ സ്ഥാനം കൊണ്ട് അതീവിതത്തിൽ അതിനൊന്നും അതേസമയം എന്താണോ യോഗം പ്രാണായാമം തുടങ്ങിയ അഭ്യാസങ്ങൾ അത് എന്തുകൊണ്ട് ഇവിടെ രീതിയിൽ ഈ മറ മാറത്തില്ല അതൊക്കെ അതിന്റെ തലങ്ങളിൽ അതൊക്കെ നിന്നോട്ട് ആവശ്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം അവന് അതിൻ്റെതായ പ്രയോജനങ്ങൾ അതൊക്കെ സപ്രയോജനങ്ങളാണ് പ്രയോജനം നിഷ്പ്രയോജനം എന്ന് പറയുന്നതിനപ്പുറമുള്ള ഒരു തലത്തെയാണ് ഇവിടെ അതുകൊണ്ട് പറയുന്നു ഇന്ദ്രിയങ്ങളിലൂടെയൊന്നും ഉള്ള പ്രവർത്തനങ്ങളിലൂടെയൊന്നും അല്ല ബാഹ്യേന്ദ്രിയ രീതി ആന്തരീന്ദ്രിയായ രീതി മനസ്സുകൊണ്ട് നേടാൻ പറ്റുമോ നമ്മൾ ധരിക്കുന്ന രീതിയിൽ അത് നേടാൻ പറ്റത്ത മനസ്സത് സഹായിക്കും അത് നമ്മുടെ ധാരണകൾക്കൊക്കെ അപ്പുറത്താണ് അതെങ്ങനെ സഹായിക്കുന്നു അടുത്ത് പറയുന്ന എന്താണ് ആ ലക്ഷണം ലക്ഷണമില്ല ശാസ്ത്രീയമായ ലക്ഷണങ്ങളൊക്കെ ആനന്ദം അതാണ് സത്യം ഞാൻ ആനന്ദം എന്നൊക്കെ പറയുന്നത് പക്ഷെ അലിംഗമിക്കത് എന്നുവെച്ചാൽ എന്താണ് അനനുമേയം ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട എന്താണോ ആധ്യാത്മികമായി നമ്മുടെ എല്ലാ യത്നങ്ങളും ഒരു പരമാർത്ഥം എന്താണ് നമ്മുടെ ഊഹങ്ങൾക്ക് അതിഷ്ഠിതമാണ് നമ്മൾ ആധ്യാത്മിക എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ പിന്നിൽ പരമാർത്ഥമാണ് എന്താണ് നമ്മളെ അവിടെ നിലനിർത്തുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ ഊഹങ്ങളാണ് ഊഹം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജനകൽപ്പനകൾ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൽപ്പനകളുണ്ട് മോക്ഷത്തെക്കുറിച്ച് നമ്മൾ കൽപ്പനകളുണ്ട് എന്തിനാണ് ഗുരുവിനെക്കുറിച്ച് പോലും ഗുരുവിനെ നമ്മൾ അറിയുന്നുണ്ട് ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് നമ്മളറിയുന്നുണ്ടോ ഇല്ല പക്ഷെ അതൊരു കൽപ്പനയാണ് ഗുരുവിനെ തന്നെ ഗുരു അങ്ങനെ ഇങ്ങനെ കൂട്ടതായിരിക്കും മറുത്തതായിരിക്കും നമ്മൾ കൽപ്പിക്കുകയാണ് ഗുരുവിനെ സാക്ഷാത്കരിക്കാല്ല ചെയ്യുന്നത് ഗുരുവിനെ സാക്ഷാത്കരിക്കാല്ല ആത്മസാക്ഷാത്കാരം വരും അതൊന്നും നമ്മൾ സംഭവിക്കുന്നു എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഊഹങ്ങളാണ് വേറൊരു ഭാഷയിൽ പറയുന്നതാണ് അന്മയാണ് ആ ഊഹങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ആധ്യാത്മിക പറയുന്നു ഇവിടെ പുലിയനും ഒരു ഊഹത്തിനും ഊഹങ്ങളൊന്നും വേണ്ട നല്ലതാണ് എന്തെങ്കിലും ഊഹങ്ങൾ സങ്കൽപ്പങ്ങൾ ശാസ്ത്രത്തെ സംബന്ധിച്ചാലും ശരി ഗുരുവിനെ സംബന്ധിച്ചാലും ശരി സാധനയെ എന്തെങ്കിലും സങ്കല്പങ്ങൾ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അത് വേണ്ട എന്നൊന്നും പറയുന്നില്ല ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ചിരുന്നു എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ചർച്ച ചെയ്തത് പരമാർത്ഥത്തെക്കുറിച്ച് മാത്രമാണ് പരമാർത്ഥമല്ലാത്ത പല കാര്യങ്ങളെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരും അതെല്ലാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയെന്നിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇവിടുത്തെ ചർച്ചയ്ക്ക് വിഷയമാണ് അത് ശരി വരാൻ തെറ്റ് വരാം ഇത് അതാണ് പലപ്പോഴും നമ്മളെന്താണ് പലരും പറയുന്ന എന്താണ് ഇതൊന്നും പഠിക്കരുത് പഠിച്ചു കഴിഞ്ഞാൽ വഴി തെറ്റും രീതിയിലാണ് തെറ്റായ രീതിയിൽ ഇത് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആശങ്കിക്കുക എന്താണ് ഇത് വഴിതെറ്റിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു നിങ്ങളിതൊരു ശരിയായ രീതിയിലാണ് ധരിക്കുന്നതെങ്കിൽ ഇതൊന്നും ഒരിക്കലും വഴിതെറ്റിക്കുന്നു കാരണം ഇതിന്റെ സ്ഥാനം വരെ മറ്റ് ധാരണകളുടെ സ്ഥാനം വേറെ ഇവിടെ പറയുമ്പോ എന്താണ് ബന്ധമില്ല മോക്ഷമില്ല ഗുരുവില്ല ശേഷനില്ല എന്നൊക്കെ നിലയിലാണ് ഒരിക്കലും നമ്മുടെ നിലയിലുള്ള ബന്ധമോക്ഷങ്ങളെയോ ഗുരുശിഷ്യതയോ ഒന്നും നിഷേധിക്കാനല്ല അത് പറയുന്നു ആ വ്യത്യാസം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും വഴിയിട്ട് കിട്ടും ഇവിടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓരോരുത്തനും അവൻ നിൽക്കേണ്ട നിലയിലേ നിൽക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം താൻ നിൽക്കുന്ന നിലയിൽ നിന്നും മുമ്പോട്ട് പോകേണ്ട വഴിയിൽ നിന്നാണ് അവൻ ചിന്തിക്കേണ്ടത് ശാസ്ത്രവും ഗുരുവും സാധനയും എല്ലാം അവന് വേണ്ടി അത് ശരിയാണോ തെറ്റാണോ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നേ ഇല്ല ആവശ്യമുള്ളവർക്ക് അതൊക്കെ അതുകൊണ്ട് അതല്ല ഇവിടെ ശ്രമം എന്ന് പറയുന്നത് എന്താണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ സങ്കല്പങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമം അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ലാതെന്ന് പറയുന്നത് പരമാർത്ഥം വഴി തെറ്റുന്ന പ്രശ്നമുള്ളൂ കാരണം അവിടെത്തന്നെ വഴി മുഴുവൻ വഴിയിലല്ല ലക്ഷ്യത്തിൽ ഒരാളെ തന്നെ പ്രതി വഴിയുടെ ആവശ്യമാണ് മാർഗത്തിലല്ല ശരിയായ വഴി വഴി തെറ്റുന്നതല്ല സമയം അവിടെ എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ആ ലക്ഷ്യത്തെ പ്രകാശിപ്പിക്കേണ്ടത് ആ പ്രകാശ വിരുന്നുണ്ടായിക്കഴിഞ്ഞാൽ അവന് പിന്നെ വഴി തെറ്റുന്ന പ്രശ്നം ആ വഴിയിലെല്ലാത്തോടും മറിച്ച് വഴിയിൽ നിൽക്കുന്നവന് എന്തായാലും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അവന് വഴി നിൽക്കും മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും അവൻ തെറ്റായ വഴിയില്ലാന്ന് നിൽക്കുന്നു കുറെ കുറെ തെറ്റും കുറെ ചുരിയും ഉള്ള വഴിയിലായും ആര് ശരിയായ വഴിയില്ലെന്ന് പറഞ്ഞു എല്ലാ വഴികളിലും കുറെ ശരിയും തെറ്റും കാണും അവിടെ പരമാവധി ശരിയെ സ്വീകരിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നത് പരമാർത്ഥത്തെ ആ പരമാർത്ഥത്തെ പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് താരമ്യം ചെയ്തു പരമാർത്ഥത്തെ പരമാർത്ഥമായി തന്നെ ഇടില്ല ഒരിക്കലും അതിൽ ആശയപ്രവർത്തക ഉണ്ടാക്കുക ഇവിടെ പറയുന്ന ഒന്നാണിത് അനനുമേയമാണ് അനുമേയമല്ല ഒരു ഊഹത്തിനും എഴുതി തരുന്ന ഒന്നല്ല നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാന്ന് നമ്മളെന്താണ് എല്ലാ ഊഹങ്ങളെയും വിടുക എല്ലാ സങ്കല്പങ്ങളെയും വിടുക അല്ലെങ്കിൽ ആ സങ്കല്പങ്ങൾ അപ്പുറമാണെന്ന് ബുദ്ധി കൊണ്ടെങ്കിലും ധരിക്കും നിങ്ങളുടെ എല്ലാ വാച്യാർത്ഥ ബോധത്തിന് മാത്രമാണ് പരമാർത്ഥ ബോധം എന്നെങ്കിലും ഗ്രഹിക്കുക അനുഗ്രഹിക്കാവൂ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള വിശേഷം എന്താണ് ഒരാൾ പറയുന്നു ഞാനിങ്ങനെയൊക്കെ ധരിച്ചിട്ടും ഈ പറയുന്ന തരത്തിലുള്ള ഒരു പുതിയ പ്രകാശം അല്ലെങ്കിൽ അപ്രീത അനുഭവം ഉണ്ടാവുന്നുണ്ടല്ലോ എന്റെ ചെന്നിട്ടാണ് ശരിയാണ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് പക്ഷേ മറ്റൊന്നുണ്ടാവും എന്താണോ നിങ്ങൾ നിങ്ങളിൽ തന്നെ സൃഷ്ടിച്ച നിങ്ങളുടെ സങ്കല്പങ്ങളും നിങ്ങൾ പിന്നെ തൂങ്ങിക്കിടക്ക അത് നിങ്ങൾക്ക് അടിച്ചു തൂങ്ങത്തില്ല മിഥ്യായ ധാരണകളെ സത്യമാണെന്ന് കരുതി അതിൽ നിങ്ങൾ നികത്തു അതാണ് അതിന്റെ ഒരു ഗുണം ശരിയാണ് സത്യം എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല ആയിക്കോട്ടെ പക്ഷേ വിധിയെ പ്രവാസിക്കാൻ ഞാൻ അനുവദിക്കുന്നത് അത്രയും ഒരാൾക്കാകാൻ പറ്റും ഇവിടെ പ്രാഥമികമായിട്ട് ഈ തത്വം ഉപദേശിച്ചുകൊണ്ട് അത്രയും ഉദ്ദേശിക്കുന്നു ഇപ്പൊ ഉപദേശം കേട്ടുകഴിഞ്ഞ ഉടനെ എല്ലാവരും ജ്ഞാനികളായി സർവബന്ധ വിനിർമുക്തന്മാരായി തീരും എന്നുള്ള ആശങ്കകളൊന്നും ആചാര്യമില്ല ശ്രദ്ധിക്കില്ല മറിച്ച് ഒന്നുണ്ടാണോ ഒന്നാഗ്രഹിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ മുഖ്യാ സങ്കല്പങ്ങളിൽ നിന്നും മുക്തരും അതൊരാൾക്ക് കഴിയും താൻ ധരിച്ചിരിക്കുന്നതല്ല പരമാർത്ഥം പരമാർത്ഥത്തിന്റെ ധാരണയ്ക്കപ്പുറമാണ് ഇത്രയും ബോധിക്കുന്നതെന്ന് വലിയൊരു കാര്യമാണ് എത്രയും മഹത്തായൊരു കാര്യമാണ് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അനന്യമാണ് ൂപങ്ങൾക്കും സങ്കല്പങ്ങൾക്കും കൽപ്പനകൾക്കും അപ്പുറമാണിത് അത് ബോധിക്കുന്നതിനെന്താ പ്രയാസം അത് അനായാസമായി ആർക്കും ബോധിക്കാം അത്രയും എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എന്താണോ ബാക്കിയെല്ലാം തനിയും സംഭവിക്കുന്നതാണ് അവിടെ നിന്ന് പ്രകാശിപ്പിക്കേണ്ട കാര്യമുള്ള ഇന്നുവരെ എന്താണോ ഇതിനെ സംബന്ധിച്ച് തെറ്റായി ആർജിച്ചത് അതിന് ഈ നിമിഷം മുതൽ അതിനണി ശബ്ദങ്ങളെല്ലാം പറയുന്ന അദൃഷ്ടം അന്ത്യവഹാരി അഗ്രാഹ്യം എന്നെല്ലാം പറയുന്നു നമ്മൾ നിൽക്കുന്ന ഗ്രാഷ്യ ഗ്രാഹത്തെ തകർപ്പിലാണ് നമ്മൾ ഒരുപാട് ആശയങ്ങൾ സ്വന്തമാക്കി ആശയങ്ങളുടെ എല്ലാം ഉടമസ്ഥനായി നീക്കുന്നു ആശയങ്ങൾ നമുക്കിങ്ങനെ കുടഞ്ഞു കളയാൻ പറ്റത്തുള്ളൂ കാരണം എന്താണോ നമ്മുടെ ഒരു ഭാഗമായി പക്ഷെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണോ ഈ ആശയങ്ങളൊന്നും പരമാർത്ഥമല്ല അത് ബോധിക്കുന്നതിന് എന്താ ഇവിടെ തടസ്സമായിട്ടുള്ളത് നമ്മുടെ സങ്കല്പങ്ങൾ സത്യമല്ല എന്നറിയുന്നതിന് ഇവിടെ തടസ്സമായിട്ടൊന്നുമില്ല ശ്രുതിയാത്ര മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ അതാണ് പറയുന്നു മറാഠ അത് നീക്കണമെന്നോ പറയുന്നു പിന്നെ അത് നീക്കുന്നതെന്ന് ഉപായം ഇതടുത്ത് പറയുന്നു അതേവ അമ്പി ഉപദേശം ശബ്ദി പറയും ശബ്ദങ്ങളിലൂടെ ഇവർ പറയാൻ പറ്റത്തില്ല ഞാൻ എന്തിലൂടെ പറയുന്നു ശബ്ദത്തിലൂടെ കുതർക്കം ചോദിക്കാം അപ്പൊ ഈ പറഞ്ഞ ശരിയാണ് ശബ്ദത്തിലൂടെ ഇതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ലാണെന്ന് ശബ്ദത്തിലൂടെ പറഞ്ഞാൽ ശരിയാണ് എന്നും കുതർക്കൂടെ ചോദിക്കാം ചിന്തിക്കുന്നതാണ് പക്ഷേ ശ്രുതിക്ക് പരമാവധി അതേ പറയാനോ എന്താണ് കവ്യപതീക്ഷമാണ് ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സാധ്യമല്ല ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ശബ്ദം പറയുന്നുണ്ടല്ലോ അത്രയും സ്വീകരിക്കുക അതുകൊണ്ടാണ് ശബ്ദത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഇവിടെ തന്നെ സഹകാരത്തിന്റെ ആജ്ഞകൾക്ക് അർജുന സംവാദത്തിൽ പറയും അത് അവിടെ വേദത്തിൽ ഒന്നും ചെയ്യാനില്ല ശ്രുതി അവിടെ നിസ്സഹായമാണ് എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ശബ്ദത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ശബ്ദം കുറിച്ച് പറയുന്ന എന്താണ് അതിന്തിയ ശബ്ദത്തിന് അചിന്തിയമായ ശക്തി ഉണ്ടെന്ന് പറയും സർവകാരണത്തിന്റെ വാർത്തീയത്തിലും ശ്രീശ്വരാചാര്യസ്വാമികളും ശബ്ദത്തിന്റെ ശക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശബ്ദം നിഷ്പ്രയോജനമാണെന്ന് പറയുന്നത് അതേസമയം അതാണ് അചിന്തിയമായ ശബ്ദമുണ്ടെന്ന് ശക്തിയുണ്ടെന്ന് പറയും എന്താനൊരു ലഘുവായ ഉദാഹരണത്തിലൂടെ പറയുന്നു എന്താണോ ഉറങ്ങി കിടക്കുന്നവന് ശബ്ദം ഉണർത്തുന്നുണ്ട് മറ്റു പലതും ഉണർത്തുന്നുണ്ട് ഞങ്ങൾക്ക് ശബ്ദത്തിന്റെ കാര്യം എടുക്കുക അത് മാത്രം ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിസ്മരിച്ച് ഗാഠമായ മുദ്രയിൽ കിടക്കുന്ന ഒരാളെ ഉണർത്തുന്നതിന് ശബ്ദത്തിന് കഴിയുന്നുണ്ട് അതിന്റെ സങ്കീർണതകളിലേക്ക് പോയെന്ന് നമുക്കത് നിർണയിക്കാവുന്നത് ശബ്ദത്തെ ആരാ കേട്ടത് വാങ്ങിക്കിടക്കുന്നതും കേട്ടോ ഉണർന്നവും കേട്ടോ സുതർക്കമാണ് വാങ്ങിക്കിടക്കുന്നവന് ശബ്ദത്തെ കേൾക്കാൻ പറ്റും കാരണം ശബ്ദം ജാഗ്രതും ഉറക്കം സുഷൃപ്തിയാണ് ഉറങ്ങിക്കിടക്കുന്നവൻ കേൾക്കുമ്പോൾ ശബ്ദത്തിനേ ഇല്ല പിന്നെ ഉണർന്നവനാണോ കേട്ടത് ഉണർന്നവനാണെങ്കിൽ പിന്നെ ശബ്ദത്തിനെന്താ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ ഉണർത്തേണ്ട ആവശ്യമാണ് ശബ്ദത്തിന് കാരണം ഉണർന്നു ഗാഠനെതിരയിലുള്ളവനെ ശബ്ദം എങ്ങനെ ഉണർത്തി എന്താണ് ശബ്ദത്തിന്റെ ഏത് തരത്തിലുള്ള ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല നിശ്ചയിക്കുക അതിന് സമാനം പറയേണ്ടി വരും എന്താണോ ഉറങ്ങിക്കിടക്കുന്നവനാണോ ശബ്ദം കേട്ട് ഉണങ്ങുന്നവനാണോ ഉറങ്ങിക്കിടക്കുന്നവൻ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം ഏതും ഉണങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ശബ്ദത്തിന്റെ ആവശ്യം അപ്പൊ ആ ഉണർവ് ശബ്ദവുമായിട്ടുള്ള ബന്ധം എന്താണ് അത് അചിന്ത്യമാണ് എന്തോ അചിന്തിയമായ ഒരു ബന്ധമുണ്ട് ഉണർവിന് ശബ്ദത്തിനാണ് നമുക്കൊരു പരിചിക്കപ്പുറവും നമ്മുടെ ബുദ്ധി അങ്ങോട്ട് കിടക്കപ്പെടുന്നു അത് തന്നെ ഇവിടെ ഈ സംഭവിക്കുന്നു ഈ അജ്ഞാന ഈ ശബ്ദം ഉണർത്തുന്നു പക്ഷെ യുക്തിക്ക് പിടികിട്ടുന്നുണ്ടല്ലോ യുദ്ധത്തിൽ എന്തുകൊണ്ട് യുക്തിക്ക് പരമാവധി പോകാവുന്ന ശബ്ദത്തിന്റെ വാച്യം വരെയാണ് അവ്യപദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദത്തിന്റെ വാച്യശക്തി ഒരിക്കലും ഇവനെത്താൻ പറ്റുന്നത് ശബ്ദം വാച്യമായി ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞ പക്ഷെ ശബ്ദത്തിന്റെ ഈ അചിന്തിയമായ ശക്തി എന്ന് പറയുന്നത് എന്താണ് വാച്യത്തിനപ്പുറം എന്തോന്നുണ്ട് അതിന്റെ ആ വാച്യശക്തിക്ക് അപ്പുറം എന്തോ ഒന്നും ഉണ്ട് അത് പ്രവർത്തിക്കുന്നു അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനെ നമുക്ക് അനുലോചനീയമെന്നേ പറയാമുള്ളൂ അതുകൊണ്ട് ആചാര്യം പറഞ്ഞാൽ അചിന്യ ശക്തി ആ അചിന്തിയമായ നമുക്ക് ചിന്തിക്കാൻ എന്തോ ഒന്നും അതാണ് കൂടെ അടുത്ത് ഇനി ഓങ്കാരത്തിന്റെ ഉപാസനയെ കുറിച്ചൊക്കെ പറയും ശബ്ദത്തിന് അങ്ങനെ മഹത്വമുണ്ട് അത് ശബ്ദത്തിന്റെ വാച്യത്തിലൂടെ വെളിപ്പെടുന്ന അല്ല ആ ഒന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ് വാച്യമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയണം ലക്ഷ്യം ശബ്ദം ലക്ഷ്യമാക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട് അതിന് ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ശബ്ദം നമ്മളറിയാതെ അചിന്തിയമായി നമ്മളിൽ എന്തോ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് ശാസ്ത്രം നിഷേധിക്കുന്നു അതാണ് ശബ്ദം തന്നെ പറയുന്നത് എന്താണോ ശബ്ദത്തിന് കേൾപ്പില്ല എന്ന് പറയുന്നത് അത് സമയം ശബ്ദമല്ല മറ്റൊരു ഉപായോട്ടില്ലതാണ് അതിന്റെ താല്പര്യത്തെ എങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം ശബ്ദം വാച്യമായി ഇതിനെ ബോധിപ്പിക്കുന്നില്ല പക്ഷെ അചിന്തിയമായി ഇതിന്റെ ലക്ഷ്യത്തിലൂടെ ഇതിനെ ബോധിപ്പിക്കുന്നുണ്ട് ശബ്ദത്തിനങ്ങനെ ഒരു ശക്തിയാണ് ഇവിടെ എവിടെയെല്ലാം അഭ്യുപദേശം ശബ്ദം കൊണ്ട് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ന് ധരിക്കുന്നത് എന്താണോ അത് പദപദാർത്ഥ സംബന്ധത്തിലൂടെ ബോധിപ്പിക്കുന്നില്ല വാച്യവാചക സംബന്ധത്തിലൂടെ അതിനെ ബോധിപ്പിക്കുന്നില്ല വാദർത്ഥമായിട്ട് അതിനെ ബോധിപ്പിക്കുന്നില്ല മറിച്ച് അചിന്ത്യമായ എന്തോ ഒരു ശക്തി വിശേഷം അതെന്താണ് അത് പറയുന്നത് ഈശ്വരന്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ് സുര്യന്റെ വൈഭവമാണെന്നോ ഇടിയന്റെ മഹത്വമെന്നോ ഇടിയുടെ മഹിമയെന്നോ അത് പറയാം അങ്ങനെ എന്തോ ഒരു അചന്തിയമായ കൊണ്ട് ഇത് ലക്ഷ്യത്തിലൂടെ ബോധിപ്പിക്കുന്നു എന്നാ ബോധിപ്പിക്കുന്നത് അതിലെപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടേ അതുകൊണ്ട് വേർഭാഗത്ത് എന്താണ് സർവ ശബ്ദങ്ങളും ആത്മാവോ ബ്രഹ്മമോ വീടീയനോ ഈശ്വരനോന്നൂടെ അല്ല സർവശബ്ദങ്ങളും സദാ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെ നമ്മളെന്താണ് വാച്യഗ്രാഹികളായിരിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റെന്തിനെയൊക്കെ ബോധിച്ചു പോകും കപ്പിത്തടഞ്ഞു പോകുന്നു വഴിതെട്ടിക്കുന്നു ലക്ഷ്യഗ്രാഹികളല്ല അതിൽ തെരഞ്ഞെടുത്ത ലക്ഷ്യഗ്രാഹികളായ ശബ്ദങ്ങളാണ് ഓംകാരം ആത്മ സുരീനം എന്നൊക്കെ പറഞ്ഞ ശബ്ദം അത് കുറച്ചുകൂടി നമ്മളെ അതിനോട് അടുപ്പിക്കുന്നുണ്ട് ഈ മറന്നേൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ശബ്ദത്തിന്റെ സാർത്ഥകതയും നിരർത്ഥകതയും ഒരുപോലെ മനസ്സിലാക്കും ശബ്ദം അസംബന്ധമാണ് ശാസ്ത്രം അസംബന്ധമാണെന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്നത് ശാസ്ത്രമാണെന്നുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞു അതിന്റെ സാങ്കത്യം എന്താണ് അതിന്റെ അസാങ്കത്യം എന്താണെന്നും വ്യക്തമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതെന്താർത്ഥമായിട്ട് ഇതുകൊണ്ട് പ്രയോജനമില്ലാത്തതായി ഇവിടെയും പറയുന്നത് എന്താണോ ഇവിടെ പറയുന്നതാണ് മനസ്സിന് വിഷയമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂട്ടിച്ചേർത്ത വ്യാഖ്യാനം മനസ്സിന് വിഷയമല്ലാത്തതുകൊണ്ട് ശബ്ദമൊന്നും വിഷയമാക്കും സാധ്യമല്ല മനസ്സ് ശബ്ദവുമായിട്ട് അത്രമാത്രം മനസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മനസ്സ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശബ്ദരൂപത്തിലാണ് ശബ്ദാത്മകമായാണ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത് അതാ മനസ്സിന് ശബ്ദം എന്നുള്ള ആ ഭാവത്തെ മനസ്സിന് കൈവിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ സങ്കൽപ്പിക്കുന്നു സ്വപ്നം കാണുന്നതെല്ലാം അങ്ങനെ സത്യരൂപത്തിലാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പറയും എന്താണ് മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും എന്നിവിടെ സത്യമായിട്ട് രണ്ടുകാര്യം ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് എന്നാലും എന്ത് ചെയ്യുന്നു ശ്രുതി വീണ്ടും വീണ്ടും വീണ്ടും തന്നെ ശ്രുതി എന്താണ് ശ്രവിക്കുന്നത് ശ്രവിക്കുന്ന എന്താണ് ചെറുപ്പം ശബ്ദം തന്നെ ശ്രമിക്കണം എന്തുകൊണ്ട് ശബ്ദം നമ്മളെ ബോധിപ്പിക്കുകയാണ് നിങ്ങള തലം വിട്ടിച്ച് അതിന്റെ അപ്പുറം ഒരു തലത്തിലേക്ക് ശബ്ദം നമ്മളെത്തിക്കാൻ ശ്രമിക്കുക അതാണ് ലക്ഷ്യാർത്ഥത്തിൽ ഗ്രഹിക്കണമെന്നും അതിന് സാങ്കേതികമായ വ്യാഖ്യാനങ്ങളാണ് ലക്ഷണയിലൂടെ ഗ്രഹിക്കണം വാക്യമല്ല വ്യന്ധ്യമല്ല എന്നെല്ലാം പറഞ്ഞ് അതിനെയൊക്കെ നിഷേധിച്ചിട്ടവസമാണ് ലക്ഷണയെന്നൊക്കെ പറയുന്നത് അതിന് നമ്മളിവിടെ സങ്കേത ജടിലമായി മനസ്സിലാക്കിയാൽ ഫ്രീഡ് മനസ്സിലെ താത്വികമായി മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കും എന്താണ് ശബ്ദം ഏതോ തരത്തിൽ അചന്ധ്യമായ രീതിയിൽ എന്താണ് ഈ പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ പരമാർത്ഥത്തിലുള്ള മറയെ നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരുവിനും സംഭവിക്കും അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണ് ഇത് അഭ്യപദേശമാണ് എന്നാലും ഇവിടെ അറിയുന്ന ഉപായങ്ങൾ ഇവിടെ മറ്റുള്ള എല്ലാ ഉപായങ്ങളെയും നിഷേധിക്കും നിരവധി നിരവധി ഉപായങ്ങൾ ഏകാത്മ പ്രത്യേക സഹകരണം ജാഗ്രതാദിഷ് ആത്മിവിചാരിയ പ്രത്യേക അധ്യയന അനുസരണ നമ്മുടെ ഒരു ഉപായത്തെ യിച്ചുകൊണ്ടുള്ള ഉപായം വാക്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഉപായം എന്താണ് ഇതുവരെ പറയുന്ന ഒരു കാര്യം മനസ്സിലായി ജാഗ്രത്തിനും സ്വപ്നത്തിനും ശക്തിയിലും എല്ലാം എന്താണ് ജാഗ്രതാദി സ്ഥാനേഷു ഏതു ആയ ആത്മാ ഏകനായ ഏകന നിന്നുകൊണ്ട് പറയുന്നു പ്രാജ്ഞന്മാരെ അപേക്ഷിച്ചു വിശ്വ തയ്യന്മാരെ മൂന്നും എന്തുകൊണ്ട് പറയുന്നു കാരണം വിശ്വന് പ്രാഗിനെ അറിയില്ല പ്രാഗന് വിശ്വിനെ അറിയിക്കാം അവർക്ക് പരസ്പരം അറിയില്ല ഇതിന്റെ ജാഗ്രതത്തിന് സ്വപ്നത്തെ അറിയാൻ പറ്റുന്നില്ല സ്വപ്നത്തിന് ശുചിത്തി അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവർ മൂന്നായി പറയുന്നത് ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥയെ പിടിയിട്ടത് ഈ അവസ്ഥയിൽ എനിക്ക് ഈ അവസ്ഥയിലേ ഇരിക്കാൻ പറ്റുന്നു ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങുമെങ്കിൽ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടോ എന്ന ഇത് കിട്ടണം ഇതെന്ത് മൂന്ന് മൂന്ന് പേരാണ് ഇത് വിശ്വതൈസ പ്രാജ്ഞന്മാരാകുന്ന മൂന്ന് സ്ഫുരണങ്ങൾ ബോധസ്ഫുരണങ്ങൾ ആ ബോധസ്ഫുരണങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഒന്നിന് ഏകവുമുള്ളത് അതിനുള്ള പറഞ്ഞെന്താണ് ഐ എം ആത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ സ്വരൂപം പ്രാജന്റെയും വിശ്വന്റെയും കൈയസ്സന്റെയും സ്വരൂപം പ്രാജ്ഞനെയും വിശ്വനെയും കയ്യസിനെയും ഒക്കെ എന്താണോ നമ്മൾ വിഷയമാകും നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ശബ്ദം കൊണ്ട് അതിനെ വിഷയമാക്കി അതിനകത്ത് ചിന്തിക്കുന്നത് പക്ഷേ ഏകനായിരിക്കുന്നവനെ നമ്മൾ വിഷയമാക്കുന്നു നമ്മുടെ ബുദ്ധിക്ക് അത് എന്തുകൊണ്ട് ആത്മാ ൻ അതിന്റെ സ്വരൂപമാണ് വിശ്വ തൈശന്മാരുടെ വാസ്തവ സ്വരൂപമാണ് സ്വഭാവമാണ് അതാണ് അയമാത്മാ അഭിമിച്ചാരി വിശ്വതൈശ പ്രാജന്മാരൊക്കെ മാറിപ്പോകും അവസ്ഥകൾ മാറിക്കോളും അതൊരു മാറ്റമില്ല അയമാത്മാദാപ്രത്യക്ഷമായിരിക്കുന്ന ഒരിക്കലും പറയാതിരിക്കുന്ന രണ്ട് ഈ സ്വരൂപത്തിന് മാറ്റമില്ല അവനെ ജപ്രത്യേക ഈ ബോധം കൊണ്ട് തന്നെ പിന്തുടരണം ഈ ബോധം എന്താണ് കുടിയെനെ നമ്മളറിയുന്ന നമ്മുടെ തെറ്റായ ബോധം കുടിയെനെ നമുക്ക് നമ്മളെ ബോധത്തിന് വിഷയമാക്കാൻ പറ്റും പക്ഷെ തെറ്റായി തെറ്റിദ്ധരി നമുക്കറിയാം എങ്ങനെ അറിയും നമ്മളതിനെ ശരിയായ രീതിയിലല്ലാതെ എങ്ങനെ അറിയുന്ന ആയ മാത്രമാണ് ഹമാത്മാ എന്നറിയും ശബ്ദാത്മകമായി അറിഞ്ഞു അറിഞ്ഞു വിശ്വ തൈസ പ്രാജന്മാരെയെല്ലാം ഞാൻ ജ്ഞാനം നിറഞ്ഞു അല്ലെങ്കിൽ വിശ്വ തൈസ പ്രാജന്മാരെ ഞാൻ ഈ ഞാനിനോട് ബന്ധിപ്പിച്ചറിയും ഞാൻ ഉറങ്ങി ഞാൻ ഉണർന്നു ഞാൻ ചക്രങ്ങളുണ്ട് എന്നറിയും പിന്നെ അതിന് നമ്മൾ പേരുകൾ കൽപ്പിച്ചാണ് സ്വഭാവം ഈ അവസ്ഥകളെ നമ്മൾ കൽപ്പിച്ച ഈ എല്ലാം നമ്മൾ തന്നെ നിരാകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ശേഷിക്കുന്ന എന്താണ് അഹം അഹത്തെ ഞാൻ അഹം എന്ന് പറഞ്ഞാൽ നാം സംസ്കൃതമാക്കി ധരിച്ചു കളയത് ഇംഗ്ലീഷിലായാലും കുഴപ്പം മലയാളത്തിലായാലും കുഴപ്പം യാതൊരു പ്രാധാന്യവും അഹം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നൊരു നിലയുള്ള ശബ്ദം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ആ ബോധസ്ഫുരണത്തെ അതിന് അതിന് പ്രത്യേകിച്ച് ഭാഷയില്ല അത് അഹമെന്ന് പറയുന്നത് എന്തോ പ്രത്യേക ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ചു അഹത്തെ ധ്യാനിക്കുന്നു അഹത്ഥമെന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ കേൾ ശബ്ദ ധ്യാനമാണ് അത് ശബ്ദത്തെ ധ്യാനിക്കാനുള്ള ഇവിടെ പറഞ്ഞു അതിനല്ല ഇവിടെ ശബ്ദത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് വരും അതിൽ പ്രത്യേക വിശേഷമാണ് തൊമ്മന്നോ അങ്ങനെയാണ് ഞാനെന്നോ നീയെന്നോ ഇതെല്ലാം ശബ്ദങ്ങളാണ് ശബ്ദത്തിനൊന്ന് യാതൊരു പ്രാധാന്യമില്ല ശബ്ദത്തെ വിടണം അതിനുള്ളത് പറയുന്നത് എന്താണ് ആ ബോധം പ്രത്യയം അങ്ങനാണ് അവിടെ പറയുന്നത് പ്രത്യയം എന്ന് വെച്ചാൽ ബോധമാണ് ലഘു എന്ന് പറയുന്ന അനുഭവത്തിൽ ആ ശബ്ദത്തെ വിട്ടു നിൽക്കുന്ന ഒരു ബോധം അതിലൂടെ അനുസരണീയം അനുസരണം ചെയ്യുക എന്ന് വെച്ചാൽ പിന്തുടരുക ആ ബോധത്തെ ആശ്രയിച്ച് പിന്തുടരേണ്ടവൻ ആണെങ്കിൽ ശബ്ദത്തെ ആശ്രയിച്ച നിങ്ങൾ ശബ്ദത്തെ ആശ്രയിച്ച് പിന്തുണ വന്നു അവിടെ തെറ്റൊന്നും ഉണ്ടാകുന്ന ഉപാസനാണ് ഒരു ദിവസത്തെ ഉപാസനം നിങ്ങൾ അഭവം തരുന്ന ശബ്ദത്തെ ധ്യാനിക്കുന്നു പ്രത്യേകിച്ച് കാര്യം എന്ന് പറയുന്നത് അഹ് അഭിമുഖങ്ങൾ ധ്യാനിക്കുന്നു കാരണം അതെപ്പോഴും അനുഭവത്തിൽ ആ ധ്യാനത്തിലൂടെ ബോധം ഈ ശബ്ദത്തെ വിട്ടിട്ട് എവിടേക്കും പോകാം സമാധിയിലേക്ക് പോകാം ഇവിടെ അടുത്ത് പറയുന്ന പ്രപഞ്ചങ്ങൾ പാർട്ടിയാർത്ഥത്തിൽ തന്നെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കണമെന്നൊന്നും സംഭവിക്കാം പ്രപഞ്ച വിസ്മൃതി സംഭവിക്കാം അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല പുതിയ അധികമെന്ന് പറയും പുതിയ പ്രാപ്തിക്ക് പ്രപഞ്ച വിസ്മൃതി സംഭവിക്കും ജാഗ്രത നഷ്ടപ്പെടണമെന്നില്ല സമാധി അവസ്ഥ എത്തണമെന്നില്ല എത്താം എത്തുന്നതുകൊണ്ട് പക്ഷേ ഇവിടെ പറയുന്ന എന്താണ് ശബ്ദത്തിനല്ല സഹായം എന്താണ് ആ പ്രത്യയത്തിനാണ് ബോധത്തിനാണ് ആ പ്രത്യയത്തിലൂടെ പിന്തുടരേണ്ടവനാണ് ഇവൻ അഹം എന്നുള്ള അനുഭവത്തിന് ശബ്ദത്തെ വിട്ടാൽ ശേഷിക്കുന്നത് അതിൽ വെളിപ്പെടുന്നവനാണിവൻ എന്നുള്ള പറയുന്നത് അഭവെന്നുള്ള അനുഭവത്തിൽ നിന്നും നമ്മുടെ മനസ്സുകൊണ്ട് അഭോം വരുന്ന ശബ്ദത്തെ എടുത്തു മാറ്റി ബോധത്തെ മാത്രം നിർത്തി അതൊന്നും നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ബോധം തന്നെ എന്താണ് ശബ്ദത്തെ ആശ്രയിച്ചാണ് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സ്ഫുരണത്തിന് ശബ്ദത്തെ വിട്ടുള്ള ഒരു നിലയാണ് അങ്ങനെ അവനെ അനുസന്ധാനം ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ അവനെ ചിന്തിക്കാനും ധ്യാനിക്കാനും ഒരുവന് കഴിയണം സ്മരണത്തിലൂടെ ഒരുവനൊരു ബോധ്യപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതാണ് ഏകാത്മ പ്രത്യേക സാരം അങ്ങനെ അനുസരണീയം എന്ന് വെച്ചാൽ അനുസരണം ചെയ്യേണ്ടത് അനുസരണം ചെയ്യുക എന്ന് വെച്ചാൽ പിന്തുടരുക പിന്തുടരുക എന്ന് വെച്ചാൽ ബോധത്തെ പിന്തുടരുക അഹമെന്നുള്ള ശബ്ദത്തെ ശേഷിക്കുന്നതാണ് തന്റെ ബോധം തന്റെ സ്വരൂപം എന്ന് അതിനെ അങ്ങനെ ബോധ്യപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ കൂടി ചെയ്യുന്നു അതിന്റെ സബ്ദ സ്വരൂപം നഷ്ടപ്പെട്ട് ശേഷിക്കുന്നതാണ് ചെയ്യുന്നത് അതിനാണ് ഇവിടെ ഏകാത്മ പ്രത്യേക കാരണമെന്ന് പറയുന്നത് പ്രത്യേക